ൈജസം മകാരശ് തുനത്രം നത്രേ വിദ്യത്തെ ൈശ്വാനരുവോക്ത സാമാന്യത്തെ പറഞ്ഞു അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആ സാദൃശ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആത്മ പാദാനം മാത്രാഭിസഹ ഏകത്വം കൃത്വം ആത്മ പാദങ്ങളെയും മാത്രകളെയും ആത്മാവിന്റെ ഈ അവസ്ഥകളിലുള്ള ചൈതന്യം വിശ്വസന്മാരെയും മാത്രകളുമായി ഏകത്വം കൊടുത്തു അതിനെ ഒന്നാക്കി പാദ മാത്ര മുമ്പ് പറഞ്ഞു പാദങ്ങളും മാത്രങ്ങളും ഒന്നാണെന്ന് ധരിച്ച് യഥോക്തം ഓങ്കാരം പ്രതിപത്യ അങ്ങനെ ഓങ്കാരത്തെ അനുഗ്രഹിച്ചുകൊണ്ട് ഓങ്കാരത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആരാണ് ഇതുവരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് അങ്ങനെ ധ്യാനിക്കുന്നവനെ വിശുദ്ധി അകാരം അവനെ വിശ്വനിലെത്തിക്കുന്നു അകാരം എന്ന ഓങ്കാര മാത്രയിലൂടെ അവൻ വിശ്വനിലെത്തിച്ചേരുന്നു വിശ്വനെന്ന് പറയുന്നത് ഉണർന്നിരിക്കുന്നവനാണ് ഉണർന്നിരിക്കുന്നവന് നമ്മൾ സദാ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അതിന് അകാരത്തിന്റെ സഹായം ആവശ്യമില്ല വിശ്വനെന്ന് പറയുന്നിടത്ത് അവിടെ വൈശ്വാനരെന്ന് മനസ്സിലാകുന്നു അതാണ് അകാരംബനം ഓങ്കാരം വിദ്വാനം അകാരത്തിന് പ്രാധാന്യം കൊടുത്തു അകാരംബനമായിരിക്കുന്ന ഓങ്കാരം ആ ഓങ്കാരത്തെ ഉപാസിക്കുന്നവൻ അകാരത്തിന് പ്രാധാന്യം കൊടുത്ത് ഉപാസിക്കുന്നവൻ എന്ത് ചെയ്യുന്നു വൈശ്വാനരോ ഭോതി അങ്ങനെ വൈശ്വാനരഭാവത്തെ പ്രാപിക്കുന്നു എന്നത് അതിന് അകാരം അവനെ സഹായിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത് ഈ വൈശ്വാന്റെ ഭാവത്തെ അകാരം നയിക്കുന്നു എന്ന് പറയുമ്പോൾ ആരെയാണ് നയിക്കുന്നത് ധ്യാനിക്കുന്നവര് ധ്യാനിക്കുന്നത് ജീവനാണ് മനസ്സെന്ന് പറയുന്ന ആശ്രയിച്ചിരിക്കുന്ന ജീവൻ ആ ജീവനാണ് ധ്യാനിക്കുന്നത് ആ ജീവൻ വൈസ്വാൻ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ അങ്ങനെ പ്രാപിക്കുന്നതിനുള്ള ഉപായം ഓങ്കാരമാണ് ആ ഓങ്കാരം എങ്ങനെ മനസ്സ് മനസ്സെന്ന് പറയുന്ന അതാണ് അവിടുത്തെ മാധ്യമം അതിലൂടെ ആ ജീവൻ വൈസ്വാനന്റെ ഭാവത്ത് പ്രാപിക്കുന്നു ഇപ്പോൾ ജീവനനുഭവമുള്ളത് ഈ ശരീരത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന വിശ്വൻ എന്നുള്ള ഈ ഭാവം മാത്രമാണ് അതിനാണ് താനായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ താൻ വൈശ്വാനന്ദനാണോ എന്നൊരു ഭാവം ഈ ധ്യാനിക്കുന്നവനിൽ വരുന്നത് വിരാട് രൂപത്തിൽ പിരിക്കുന്ന ചൈതന്യം അത് താൻ തന്നെയാണെന്നറിയുന്നു അങ്ങനെയാണ് ഓങ്കാരം ധ്യാനിക്കുന്നവനെ വൈശ്വാനനിലേക്ക് നയിക്കുന്നു എന്ന് പറയുന്നു സാധാരണ തനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഭാവം ഞാൻ എന്നുള്ള ഭാവം ഇങ്ങനെ ഈ ഭാവത്തിൽ നിന്നും ഇതിൻ്റെ പരമാർത്ഥ ഭാവത്തിന് ഈ ജീവനെ കൊണ്ടുപോകുന്നതിനുള്ള ശേഷി ഈ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് നയിക്കുന്നു അങ്ങനെ നയിക്കുന്നത് ഒരുവൻ ശരിക്കും ഈ ഒങ്കാര ധ്യാനത്തിലൂടെ തന്റെ ഈ ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ഞാൻ എന്നുള്ള ഭാവത്തിൽ നിന്നും ഉയർന്നു അതിന്റെ തന്നെ നമ്മൾ സാധാരണ സമഷ്ടി ഭാവം എന്ന് വിളിക്കുന്നു ആ വൈശ്വാന്റെ ഭാവത്തിലേക്ക് പോകുമ്പോൾ അതിനെയാണ് നമ്മൾ ഇവിടെ സമാധി എന്ന് പറയുന്നത് സാധാരണ സമാധിയെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്താണോ പ്രത്യേകിച്ചും യോഗ സമാധി അവിടെ യോഗസമാധി വൃത്തി നിരോധത്തിലൂടെ സംഭവിക്കുന്നതാണ് വൃത്തി നിരോധം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കി അതുകൊണ്ട് മറ്റ് വൃത്തികളെയെല്ലാം നിരോധിക്കുക യോഗശാസ്ത്രത്തിന്റെ പതഞ്ജല യോഗശാസ്ത്രം അതിന്റെ ഏറ്റവും അടിസ്ഥാനമായ തത്വം തന്നെ വൃത്തി നിരോധമാണ് പക്ഷെ യോഗമെന്നുള്ള നിലയ്ക്ക് ഇന്ന് അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല പിന്നെ ആസന പ്രാണായാമങ്ങളാണ് യോഗമെന്ന് പറഞ്ഞ് പ്രചരിച്ചിരിക്കുന്നത് ലോകത്ത് പക്ഷെ യോഗത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വൃത്തി നിരോധമാണ് വൃത്തി നിരോധമെന്നുള്ള ധാരണയിലൂടെയാണ് യോഗത്തെ ശീലിക്കുന്നത് എന്റെ ധാരണ അവിടെ നിന്നാണ് തുടക്കം മനസ്സിനങ്ങനെ ഇരിക്കുന്നത് വൃത്തി നിരോധത്തിന് വേണ്ടിയാണ് ബാക്കിയുള്ള എല്ലാം അഷ്ടാംഗങ്ങളും വൃത്തി നിരോധത്തിന്റെ ഫലം ആണ് അഷ്ടാംഗത്തിൽ വരുന്ന സമാധി അത് യോഗത്തിന്റെ മാർഗമാണ് വൃത്തി നിരോധത്തിലൂടെയും സമാധി അത് വിഭിന്ന ആലംബനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വിഭിന്ന തരത്തിലുള്ള സമാധിയെക്കുറിച്ച് യോഗ ശാസ്ത്രത്തിൽ പറയുന്നവർക്ക് അത് അത് പരിശീലിക്കുന്നവർക്ക് അങ്ങനെയുള്ള സമാധി ഉണ്ടാകും ഇവിടെ വൃത്തി നിരോധം എന്ന് പറയുന്നൊരു സങ്കല്പം ഇവിടെയില്ല അങ്ങനെ ഒരു ധാരണയാണ് ഫലത്തിൽ വൃത്തി നിരോധം സംഭവിക്കുന്നുണ്ട് പക്ഷേ വൃത്തി നിരോധന ഇവിടുത്തെ ധാരണ വൃത്തി നിരോധത്തെ ആശ്രയിച്ചിട്ടുള്ളതാണ് ഇവിടെ പറയുന്നത് എന്താണ് ലയസമാധി എന്നാണ് ഞാൻ പറയുന്നത് ഏത് ഭാവനയോടുകൂടി ഒരാൾ ഭ്യാസം ചെയ്യുന്നു അതിനനുസരിച്ചുള്ള ഫലമാണ് ഉണ്ടാകുന്നത് ധാരണയ്ക്കാണ് പ്രാധാന്യം ധാരണയിൽ നിന്നാണ് ഫലത്തിന് വരുന്നത് അപ്പൊ വൃത്തി നിരോധം എന്നുള്ള ഒരു ധാരണയിൽ നിന്നും ഒരാൾ സമാധി ശീലിക്കുമ്പോൾ അയാൾക്ക് വൃത്തി നിരോധത്തെ സമാധി വരുന്നു ഇതിനെക്കുറിച്ച് പറയുന്ന എന്താണ് ലയചിന്തനമെന്നാണ് അപ്പൊ ലയചിന്തനത്തിലൂടെ ഇവിടെ സമാധികളാവും ഇവിടെ മുഖ്യമായി ആശ്രയിക്കുന്ന എന്താണ് ശബ്ദത്തെയാണ് ഓം എന്ന് പറയുന്ന ശബ്ദത്തെയാണ് അപ്പൊ ശബ്ദത്തെ ആശ്രയിച്ച് മനസ്സ് ഏകാഗ്രപ്പെടും ശബ്ദത്തെ ആശ്രയിച്ചിട്ട് ഏത് തത്വത്തെയാണോ ഭാവന ചെയ്യുന്നത് ആ തത്വത്തിൽ മനസ്സ് ഏകാഗ്രമായി വിടുന്നു ചകാകുരമായി വരിക എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഭാവന യാഥാർത്ഥ്യമായി വരുന്നത് ഭാവന യാഥാർത്ഥ്യമായി വരുന്നതാണ് സമാധി എന്ന് പറയുന്നത് ഇവിടെ പ്രാധാന്യം എന്തിനാണോ ഭാവനയ്ക്കാണ് അതാണ് ലയ ചിന്തനം അതിലൂടെ വരുന്ന ലയസമാധി ഇവിടെ വൃത്തി നിരോധം എന്ന് പറയുന്ന ഒരു സംഗത്വം ഫലത്തിൽ എങ്ങനെ പ്രപഞ്ചത്തെക്കുറിച്ച് ഭാവനയാണ് സഹജമായി ജീവനിലിരിക്കുന്നത് ഇവിടെ നയത്തെ നയിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ എവിടെ നിന്നും നയിക്കുന്നു ഈ പ്രപഞ്ചഭാവനയിൽ നിന്നും വൈശ്വാനര ഭാവനയിലേക്ക് നയിക്കുന്നു അപ്പോൾ ഫലത്തിൽ എന്ത് വരുന്നു പ്രപഞ്ചഭാവന ഇല്ലാതാവുന്നു വൈശവാനു പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് വിരാട് എന്ന് പറയുന്ന ഒരു സത്യമാണ് അപ്പോ ആ സത്യത്തെ ഭാവന ചെയ്തിട്ട് മനസ്സ് ആ സത്യത്തോടെ ഭവിക്കും അപ്പോ അവിടെ പറയുന്ന എന്താണ് മനസ്സ് നയിക്കുന്നു എന്ന് പറയും ഫലത്തിൽ എന്ന് വരുന്നു ഈ വിശ്വൻ അല്ലെങ്കിൽ ഈ മനസ്സിന് സഹജമായിരിക്കുന്ന പ്രപഞ്ചഭാവന അവിടെ ഇല്ലാതാകുന്നു കാരണം ഫലത്തിൽ വൃത്തി നിരോധം സംഭവിക്കുന്നു എന്ന് പറയും പക്ഷെ വൃത്തി നിരോധം എന്ന് പറയുന്നൊരു ധാരണ അല്ലെങ്കിൽ ഒരു സങ്കല്പം ഇവിടെ ഇല്ല ദയസമാധിയിലില്ല ഇവിടെ ചിന്തിച്ച് അല്ലെങ്കിൽ ധ്യാനിച്ച് അല്ലെങ്കിൽ ഭാവനയിലൂടെ അതിന് എത്തിച്ചേരുക ചെയ്യുന്നു അതുകൊണ്ട് ഇവിടെ പറയും എന്താണോ യോഗത്തിൽ പറയും എന്താണോ വൃത്തിയെ നിരോധിക്കുക എന്ന് പറയും ഇവിടെ എന്താണ് പറയുന്നത് വൃത്തിയുടെ തദാകാര പരിണാമം എന്ന് പറയും ഭാവന ചെയ്ത് മനസ്സതായിത്തീരും ഇവിടെ മനസ്സേദന വിടുന്നു മനസ്സേദന എല്ലാം നിരോധിക്കപ്പെടുന്നു എന്നുള്ളതിലും ഇവിടെ പ്രാധാന്യം അതുകൊണ്ടാണ് ഇവിടെ ഇതിനുള്ള സമാധി എന്ന് പറയുന്നത് ഒരുവന്റെ ഭാവന കൊണ്ട് ഭാവന കൊണ്ട് വൈശ്വാൻ ആകാരത്തിൽ പരിണമിക്കുന്നു മനസ്സാരൂപത്തിലായി തീരുന്നത് മനസ്സാരൂപത്തിലായി തീരുമ്പോ പറയുന്നു എന്താണ് അവൻ അതിനെ ഗ്രഹിക്കുന്നു പറയും മനസ്സിന് ഏത് രീതിയിലും നമുക്ക് പരിണമിപ്പിക്കാം അതുള്ള മനസ്സാന്നിധ്യം മനസ്സിന്റെ ഏകാഗ്രതയുണ്ടെങ്കിൽ അപ്പൊ വിരാട് രൂപത്തെ ഭാവന ചെയ്യും ഭാവന ചെയ്യുമ്പോൾ മനസ്സ് ആ രീതിയിലേക്ക് മാറുന്നു വിരാട് ഭാവത്തോട് മനസ്സിന് വരുന്ന ലയം ലയം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു എന്താണ് ഏകീഭവനം മനസ്സിന്റെ ഏകീഭവനമാണ് ഇവിടെ ലയം എന്ന് പറയുന്നത് അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ എന്താണോ മനസ്സില്ലാതായി പോകുന്നതല്ല മനസ്സില്ലാതാവുന്നില്ല മനസ്സിന്റെ ഏകീഭവനം സംഭവിക്കുന്നു ഇപ്പോ നമ്മളൊരു വിഷയത്തെ ഗ്രഹിക്കുമ്പോൾ മനസ്സാ വിഷയത്തോട് ഏകീഭവിക്കുന്നു അപ്പോൾ ആ വിഷയുണ്ടാവുന്നത് ഇവിടെ എന്താണ് ഇവിടെ തന്റെ തന്നെ സ്വരൂപം തന്നെ വിഷയം പക്ഷെ ആ സ്വരൂപം എന്ന് പറയുന്നത് നല്ല പരിച്ഛിന്നമായ രൂപമല്ല ഈ ശരീരത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന രൂപമാണ് സർവത്തെയും ഉൾക്കൊണ്ടിരിക്കുന്ന രൂപം അങ്ങനെ സർവത്തെയും ഉൾക്കൊണ്ടിരിക്കുന്ന ആ രൂപത്തിലേക്കും മനസ്സ് ഏകീകരിക്കുക അത് നമുക്കറിയാം നമ്മൾ ഏതു വിഷയത്തെ കുറിച്ച് തീവ്രമായി ഗാഢമായി ചിന്തിക്കുന്നു മനസ്സതിനോട് ഏകീകവിക്കുന്നതായിട്ട് നമുക്കറിയാം മനസ്സവിടെയുണ്ട് ഏകീഭവിക്കുന്നു ആ ഏകീഭവനത്തിന്റെ ദാർഢ്യമനുസരിച്ച് നമുക്കവിടെ പ്രപഞ്ചവിസ്മരണം സംഭവിക്കുന്നു ഇത് രണ്ടും കൊണ്ടാണ് ഇതിന് സമാധി എന്ന് പറയുന്നത് സമാധിയിൽ രണ്ട് ഏതു തരത്തിലുള്ള സമാധിയായ രണ്ടു കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്നെന്താണ് പ്രപഞ്ചവിസ്മരണം ഗാഠമായി ഏകാഗ്രമായി ചിന്തിക്കുന്ന സ്ഥലത്തെല്ലാം എന്ത് മറ്റു വിഷയങ്ങളെ സംബന്ധിച്ചുള്ള വിസ്മരണം പോലെയുള്ള ഒരവസ്ഥ അതിനെ ഓർക്കാതിരിക്കുന്നത് പോലെയുള്ള ഒരവസ്ഥയിലെത്തുന്നു അതെന്ന് മറ്റൊന്ന് ഏത് വിഷയത്തെ ചിന്തിക്കുന്നത് മനസ്സ് തഥാകാരമായി തീരുന്നു ആ അവസ്ഥയിൽ നിർത്തുന്നു അതാണ് ഇവിടെ പറയുന്നെന്താണോ വിദ്വാൻ വൈസ്വാനരോ ഭൂതി അവൻ വൈസ്വാനരൻ ആയിത്തീരുന്നു അവന്റെ മനസ്സ് വൈസ്വാനര ഭാവത്ത് പ്രാപിക്കുന്നു പക്ഷെ വൈശ്വനരുടെ ഭാവത്തെ പ്രാപിക്കുന്നത് കൊണ്ട് ഇവിടെ തീരുന്നില്ല കാരണം ഇവിടെ തുര്യൻ എത്തിച്ചേർന്നു തുരിയനാണവന്റെ ലക്ഷ്യം അതുകൊണ്ട് വീണ്ടും എന്തു അങ്ങനെ ഭാവന ചെയ്യുന്നവൻ അകാരത്തിന്റെ സഹായത്തോടുകൂടി അകാരമാണ് വിശ്വൻ ആ വിശ്വൻ വൈശ്വാനരനാണ് എന്ന് ഭാവന ചെയ്യുന്നവൻ അവിടെ നിർത്തുന്നില്ല അവിടെ അവസാനിക്കുന്നില്ല കാരണം വിരാട്ടെന്ന് പറയുന്ന എന്താണ് ഈ സർവത്തെ ഉൾക്കൊള്ളുന്നതാണ് ജഡചൈതന്യങ്ങളെല്ലാത്തിനും ഉൾക്കൊള്ളുന്നതാണ് ഈ പ്രപഞ്ചത്തിനേയും വിരാട്ടെന്നാ പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ ആധാരമായിരിക്കുന്ന ഈ ജാഗ്ര ചൈതന്യത്തെയും ജാഗ്രതന്ന് പറയുന്ന ചൈതന്യമാണ് ഉണർവെന്ന് പറയുന്ന ചൈതന്യമാണ് ഈ ജാഗ്രത് ചൈതന്യത്തെയും വിരാട്ടെന്നാ പറയും അപ്പോൾ അവിടെ ഇത് അവസാനിക്കുന്നില്ല അവിടെയും ഈ ചിത്രത്തിന്റെ പൂർണമായ വിശ്രാന്തിയോടെ സംഭവിക്കുന്നു ചിത്രത്തിന് പരിണാമം സംഭവിക്കുന്നു എന്നേയുള്ളൂ അതും എങ്ങനെയുള്ള പരിണാമം സ്ഥൂലമായ പരിണാമം വ്യാപകവും സ്ഥൂലവുമായ പരിണാമം ചിത്രത്തിന് സംഭവിക്കുന്നു പക്ഷേ അത് കൂടുതൽ സൂക്ഷ്മമാകുന്നു തഥാവ് ഉക്കാര തേജസ്വം ഉക്കാരം എന്നാണെന്ന് ഉകാരൻ തൈജസനാണെന്ന് ഭാവന ചെയ്യുമ്പോൾ ആദ്യം അകാരം വൈശ്വാനാണ് എന്നുള്ള ബോധത്തിലാണ് നിൽക്കുന്നത് ആ ബോധത്തിൽ നിന്ന് അടുത്ത് ഉകാരം തൈജസനാണ് ആ തൈജസ്സൻ എന്താണ് ഹിരണ്യഗർഭൻ ഇവിടെ വിശ്വനെ വൈശ്വാനൻ എന്ന് പറഞ്ഞതുപോലെ ബാക്കി എല്ലായിടത്തും മനസ്സിലായോളൂ തേജസ്സന് ഹിരണ്യഗർഭനാവും അല്ലെങ്കിൽ സൂത്രാത്മാവായും പ്രാജ്ഞനെ അന്തര്യാമിയായും എല്ലാം മനസ്സിലാക്കണം ഈശ്വരനായും എല്ലാം ഭാവന ചെയ്യും ഉക്കാലൻ തൈജസ്സനെങ്കിൽ ഹിരണ്യ ഗർഭൻ എന്ന് ഭാവന ചെയ്യുമ്പോൾ മനസ്സിൽ രണ്ടു ഭാവന വരും ഒന്നെന്താണ് അക്കാരം വൈശ്വാനരനാണ് അകാരം ഹിരണ്യഗന്ധനാണ് സൂക്ഷ്മ സമൃഷ്ടിയാണ് ശബ്ദത്തിൽ പ്രാധാന്യമില്ല മനസ്സിൽ ഏത് തത്വത്തെയാണോ ഭാവന ചെയ്യുന്നതെന്നുള്ളതിനാണ് പ്രാധാന്യം രണ്ട് ഭാവന വരാൻ പാടില്ല അതുകൊണ്ടെന്ത് ചെയ്യുന്നു ആദ്യത്തെ ഭാവനയെ രണ്ടാമത്തെ ഭാവനയോട് അഭേദമാണെന്ന് ചിന്തിക്കുന്നു അകാരം ഉകാരത്തിൽ നിന്നും വേറെയല്ല അകാരം ഉകാരം തന്നെ വിശ്വൻ തേജസ്സൻ തന്നെ വൈശ്വാനരൻ ഹിരണ്യഗർഭൻ തന്നെ എന്നു ഭാവനയും അത് ആണ് ഇവിടെ ഒന്ന് മറ്റൊന്ന് ലയിക്കുന്നു എന്ന് പറയുന്നു അഭേദ ഭാവനയാണ് ഇവിടെ ലയം എന്ന് പറയുന്നത് പിന്നീട് അവിടെ ഒന്നേ ഉള്ളൂ എന്താണോ ഉകാരം അത് തൈജസ്സിനാണ് ഹിരണ്യഗർഭനാണ് അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ വൈശ്വാനരോ ഭഗവതി എന്ന് പറയുന്നത് പറഞ്ഞതുപോലെ അവൻ ഹിരണ്യഗർഭവും ഹിരണ്യഗർഭനാകുന്നു എന്നർത്ഥം എന്നു വെച്ചാൽ അവന്റെ മനസ്സ് ആ സാധകന്റെ മനസ്സ് കൂടുതൽ സൂക്ഷ്മമായി ഹിരണ്യഗർഭാവത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സ് സ്ഥൂലത്തെ വിട്ടിട്ട് സൂക്ഷ്മമായി തീരുന്നു സൂക്ഷ്മ ഭാവനയിൽ നിൽക്കുന്നു മനസ്സ് സൂക്ഷ്മമാകുന്നു മനസ്സിന്റെ വിഷയവും സൂക്ഷ്മമാകുന്നു സ്ഥൂലത്തെ ഭാവന ചെയ്യുമ്പോൾ മനസ്സ് സ്ഥൂലമാക്കും സൂക്ഷ്മത്തെ ഭാവന ചെയ്യുമ്പോൾ മനസ്സ് സൂക്ഷ്മമാകുന്നു യോഗശാസ്ത്രത്തിനും ഇതുപോലെയുള്ള ഭാവനയെക്കുറിച്ച് പറയുന്നു അവിടെ തന്മാത്രാധ്യാനത്തെക്കുറിച്ചൊക്കെ പറയുന്നു അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് പക്ഷെ അവിടെ തന്മാത്രാധ്യാനം എന്നൊക്കെ പറയുമ്പോൾ കേവലം ദൃഢമായ തന്മാത്രകളെയാണ് അവിടെ ഭാവന ചെയ്യുന്നത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ചൈതന്യത്തെ ഭാവന ചെയ്യുന്നത് അത് ഇവിടുത്തെ ഭാവനയെന്ന് പറയുന്ന ആത്മനിഷ്ഠമാണ് ഇവിടെ വൈശാനരൻ എന്ന് പറയുമ്പോൾ തന്നെ തന്നെയാണ് വൈശ്വാനരനായി ഭാവന ചെയ്യുന്നത് ഇവിടെ ഭാവന ചെയ്യുന്നതിന് തന്നെ നിന്ന് വേറിട്ടങ്ങനെ മറ്റ് ഭാവനകളിലൊക്കെ എന്ത് ചെയ്യുന്നു നമ്മൾ തന്നെ വിസ്മരിക്കും ഒരു മൂർത്തിയെ ഭാവന ചെയ്യുമ്പോൾ ഒരു രൂപത്തെ ഭാവന ചെയ്യുമ്പോൾ മനസ്സ് കേവലം ആ രൂപത്തിൽ ഉറപ്പിക്കും ബാഹ്യമായ രൂപത്തിൽ നമ്മൾ വർണ്ണിച്ച് മനസ്സിലാകുന്ന ആ രൂപത്തിൽ ഭാവന ചെയ്യും ഇവിടെ അങ്ങനെയല്ല വിശുവിനാകുന്നതും വൈശ്വാൻ താൻ തന്നെ ഭാവന അവിടെ വിടുന്നില്ല അത് കഴിഞ്ഞ് സൂക്ഷ്മമായ നമ്മുടെ അനുഭവത്തിലുള്ളതാണ് അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ് ആ സൂക്ഷ്മ ഭാവനയിലും എന്താണ് ഈ വൈശ്വാനൻ ആരാണ് അല്ലെങ്കിൽ ഹിരണ്യഗർഭൻ ആരാണ് താൻ തൻ അപ്പൊ താൻ അതാണെന്നാണ് ഭാവന ചെയ്യുന്നത് അതാണ് ഇവിടുത്തെ സവിശേഷത കാരണം പരമമായ തത്വം എന്താണ് അഹം ബ്രഹ്മാസ്മി അപ്പൊ ഉപാസനെ അവിടെ എത്തിക്കുന്നു അപ്പൊ താനെന്നുള്ള അത് വിടാതെ ഉള്ള ഭാവനയാണ് സർവത്ര അതുകൊണ്ടാണ് ഇതിന് അന്തർമുഖമായ ഭാവന എന്ന് പറയുന്നത് അന്തർമുഖത്തെ കൈവിടാതിരിക്കണമെങ്കിൽ എന്ത് വേണം താനാണ് താൻ തന്നെയാണ് ഭാവന ചെയ്യുന്നതെന്നുള്ളത് വിടാതിരിക്കുന്നു നമ്മൾ മറ്റെന്തെങ്കിലും ഒരു രൂപത്തെ ഭാഷ്യമായി ഒരു രൂപത്തെ ഭാവന ചെയ്യണമെങ്കിൽ എന്തു ചെയ്യും നമ്മുടെ മനസ്സ് കേവലം ആ രൂപത്തിൽ ഉറയ്ക്കും രൂപത്തിൽ ഉറയ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്നു മനസ്സവിടെ ഭാഗികമായി ബഹിർമുഖമാണ് തന്നെ സംബന്ധിച്ചുള്ള ആത്മനിഷ്ഠമായ ചിന്ത ചിന്തനം അവിടെ വരുന്നില്ല ഇവിടെ അങ്ങനെയല്ല ഇവിടെ ആത്മനിഷ്ഠമായ ചിന്തന വരുന്നത് അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് ധ്യാനിക്കുന്നവനെ അവിടേക്ക് നയിക്കുന്നു എന്ന് പറയുന്നു ധ്യാനിക്കുന്നവനാണ് അതായിത്തീരുന്നത് ധ്യാനിക്കുന്നവൻ തന്നിലാണ് അത്ര ഒരു ഭാവന ദൃഢമായി വരുന്നത് ആ ഭാവന ദൃഢമായി വരുമ്പോൾ എന്തുവരുന്നു അവനിൽ അഹിരണ്യ ഭാവന മാത്രം നയിക്കുന്നു കാരണം വൈശ്വാനരൻ ആ ഹിരണ്യഗർധനിൽ നിന്നും വേറെയാൽ ഈ സ്ഥൂലമായ ചൈതന്യം തന്റെ ബാഹ്യേന്ദ്രിയങ്ങൾക്ക് വിഷയമായിരിക്കുന്ന ഈ സ്ഥൂല ചൈതന്യവും ആ ചൈതന്യത്തെ ആശ്രയിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചവും അത് തന്റെ തന്നെ സൂക്ഷ്മമായ ഭാവങ്ങളെ നിലനിർത്തുന്ന ആ ചൈതന്യത്തിൽ നിന്നും വേറെയല്ല എന്നവൻ ഭാവന അപ്പൊ അവിടെ ഭാവന തികച്ചും ആന്തരികമാവും കുറച്ചുകൂടി സൂക്ഷ്മമാവും അപ്പൊ അവൻ സ്വയം തന്നെ എന്തു ചെയ്യുന്നു അവന്റെ മനസ്സ് സൂക്ഷ്മമായി സ്വയം അവൻ സൂക്ഷ്മതലത്തിലേക്ക് പ്രവേശിക്കുന്നു അവന്റെ മനസ്സ് അതാണ് ഹിരണ്യഗർഭാവന അല്ലെങ്കിൽ തൈജസഭാവന എന്ന് പറയുന്നത് ഈ സൂക്ഷ്മം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാത്ത എന്തോ ഒന്നാണെന്ന് ധരിക്കരുത് സൂക്ഷ്മം എന്ന് പറയുന്നത് സദാ നമുക്ക് അനുഭവത്തിലിരിക്കുന്നതാണ് ബാഹ്യമായ പ്രപഞ്ചബോധം നിലനിൽക്കുമ്പോൾ തന്നെ ആന്തരികമായ നമ്മുടെ എല്ലാ ഭാവങ്ങളും നമുക്ക് അനുഭവവേദ്യമായിരിക്കും ആന്തരികമായി അനുഭവവേദ്യമായിരിക്കുന്ന ഈ ഭാവങ്ങൾ ഇതാണ് സൂക്ഷ്മലോകം അവിടെ അതിനെ നിലനിർത്തുന്ന ഒരു ചൈതന്യം ആ ചൈതന്യത്തിലേക്കാണ് ഈ മനസ്സ് പരിണമിക്കുന്നത് തഥാകാലമാകുന്നത് പുനഃപ്രാജ്ഞ മകാരശാപി പുനഃപ്രാജ്ഞടുത്ത് പറയും തുടർന്നവൻ എന്ത് ചെയ്യുന്നു മകാരത്തെ ആശ്രയിച്ചുകൊണ്ട് പ്രാജ്ഞൻ എന്ന് പറയുമ്പോൾ അന്തരിയാമിയായി കേവലം വിശ്വൻ തേജസ്വൻ പ്രാജ്ഞൻ എന്നെല്ലാം നമ്മൾ ചിന്തിച്ചു ആ ചിന്ത കേവലം ശരീരവുമായി ബന്ധപ്പെട്ടു കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ അത് തന്റെ ഉണർവ് സ്വപ്നം ഉറക്കം ഇതാണ് വാസ്തുവത്തിൽ തന്റെ ഉണർവ് സ്വപ്നം ഉറക്കമൊന്നും നമ്മൾ ഭാവന ചെയ്യേണ്ട ധ്യാനിക്കേണ്ട കാര്യമില്ല സ്പഷ്ടമായ അനുഭവമാണ് അതിൽ ഭാവന ചെയ്തിട്ട് നമുക്ക് പ്രത്യേകിച്ചും നേടാനുണ്ട് അപ്പോൾ ശരീരവുമായി ബന്ധപ്പെടാത്ത ഇതിനെയാണ് ഭാവന ചെയ്ത് ഇപ്പൊ നമുക്ക് അനുഭവത്തിൽ വരാത്തത് നമുക്കിപ്പോൾ അനുഭവത്തിൽ വരാത്ത എന്താണ് അത് ഈ വൈശ്വാനര ഹിരണ്യഗർഭ അന്തരിയാമി ഭാവങ്ങളാണ് അന്തര്യാമി ഭാവത്തെ ഭാവന ചെയ്യും അത്ഭാവന ചെയ്യും അത് ഭാവന ചെയ്യുമ്പോൾ എന്തുവരുന്നോ ഈ മകാരം മകാരത്തിലൂടെ ഭാവന ചെയ്ത ആ സമഷ്ടി സൂക്ഷ്മ ഭാവന ആ ചൈതന്യ ഭാവന അതീ അന്തര്യാമിയിൽ നിന്ന് വേറെയല്ല എന്ന് മനസ്സുകൊണ്ട് ഭാവന അതാണ് പ്രാജ്ഞന് ശൈതസനെ പ്രാജ്ഞനിലേക്ക് ലയിപ്പിക്കുന്നുവെന്ന് പറയും അല്ലെങ്കിൽ ഹിരണ്യഗർഭനെ അന്തര്യാമിയോട് ലയിപ്പിക്കുന്നുവെന്ന് പറയും അങ്ങനെ പ്രാജ്ഞനെ ഭാവന ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തര്യാമിയുടെ ഭാവനയാണ് അതും ഇവിടെയെല്ലാം എന്ത് ചെയ്യുന്നു ഈ ശബ്ദത്തെ ആശ്രയിച്ച് ഈ ഭാവന ഈ ഓരോ ഭാവനയിലും മനസ്സ് പൂർവഭാഗങ്ങളും വിട്ടിട്ട് മറ്റ് പ്രപഞ്ച ബോധത്തെ എല്ലാം വിട്ടിട്ട് എന്തിനാണോ ഭാവന ചെയ്യുന്നത് തഥാകാരമായി പരിണമിക്കുന്നു അതുകൊണ്ട് ആ ഭാവനയിലെല്ലാം അതിന് സമാധി എന്ന് പറയുന്നു സമാധിയാണ് യത്നപൂർവ ഒരുവൻ സമാധിയിലെത്തിച്ചു ശബ്ദത്തെ ആശ്രയിച്ചാണ് ഈ ഒരു അഭ്യാസം അതുകൊണ്ട് ഇതിന് ശബ്ദാനുവിധ സമാധി എന്നാണ് ശാസ്ത്രങ്ങളിലൊക്കെ പറയുന്നത് ഇവിടെ അത് ഈ സമാധിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭാഗങ്ങളിൽ മറ്റേ പലയിടത്തും പറയുന്നു ശബ്ദത്തെ പിന്തുടർന്നു വരുന്ന ശബ്ദത്തെ മുഖ്യമായ ആലംബനമായി സ്വീകരിച്ചുകൊണ്ടുള്ള ഭാവന ആ ഭാവനയിലൂടെ മനസ്സിന്റെ ബാഹ്യബോധവിസ്മരണവും ഏകാഗ്രതയും ഏത് വിഷയത്തിലാണോ നമ്മൾ മനസ്സുറയ്ക്കുന്നത് അതിൽ വരുന്ന ഏകാഗ്രതയും അതിന് ശബ്ദ അനുവിദ്ധമായ സമാധി എന്ന് പറയും അതിന് ഈശ്വരൻ അല്ലെങ്കിൽ അന്തര്യാമി അതൽ അന്തര്യാമി എന്ന് പറയുന്ന ആ ഭാവന ഭാവന എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടുതന്നെ ഭാവന എന്ന് പറയുന്നു അന്തര്യാമി നമുക്ക് പരിചയമുള്ളതല്ല അത് ശാസ്ത്രം വെളിപ്പെടുത്തി തരുന്നതാണ് ഇതിന്റെ സമഷ്ടിയാണ് എന്നിങ്ങനെ ശാസ്ത്രം ബോധിപ്പിക്കുകയാണ് അതുകൊണ്ട് നമുക്കതിനെ കുറിച്ചൊരു ഭാവനയിലൂടെ തന്നെ സമീപിക്കാൻ പറ്റും വിശ്വതൈജസ്വ പ്രാജ്ഞന്മാരെ നമ്മുടെ അനുഭവമാണ് പക്ഷെ മറ്റതങ്ങനെയാണ് അങ്ങനെ ഈ ഉകാരത്തെ മകാരത്തോടും തൈജസ്സനെ പ്രാജ്ഞനോടും ഹിരണ്യഗർഭനെ അന്തര്യാമിയോടും അഭേദമായി ചിന്തിക്കും അഭേദമായി ചിന്തിക്കുമ്പോൾ മനസ്സെന്ത് ചെയ്യുന്നു അതിന്റെ സൂക്ഷ്മഭാവങ്ങളെ വിട്ടിട്ട് കാരണരൂപത്തെ സ്ഥിതി ചെയ്യും പറഞ്ഞല്ലോ ആ ചിത്തസ്പന്ദനം അതാണ് ചിത്തസ്പന്ദനമാണ് ഇവിടെ പറയുന്നതനുസരിച്ച് സ്ഥൂല രൂപത്തിലും സൂക്ഷ്മരൂപത്തിൽ നിൽക്കുന്ന ചിത്തസ്പന്ദനമാണ് അതേ ചിത്തസ്പന്ദനം തന്നെ കാരണരൂപത്തിൽ നിൽക്കുന്നു എന്ന് വെച്ചാൽ കാരണരൂപത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സ്ഥൂലസൂക്ഷ്മ ഭാവങ്ങളെയെല്ലാം സൃഷ്ടിക്കുന്നതിനുള്ള ക്ഷമതയോടുകൂടി നിൽക്കുക അതാണ് കാരണഭാവത്ത് നിൽക്കാൻ പോകുന്നത് ഏതോ ഒരു സ്ഥാനമുണ്ടെന്താണോ ആ സ്ഥാനം ഈ സ്ഥൂലസൂക്ഷ്മങ്ങളെയെല്ലാം സൃഷ്ടിക്കുന്നതിന് ലയിപ്പിക്കുന്നതിന് സമർത്ഥമായ ഒന്നാണ് അതാണ് അതിന്റെ കാരണാകാരം എന്ന് പറയുന്നത് അപ്പൊ മനസ്സാ കാരണാകാരത്തെ പ്രാപിക്കുന്നത് അതിനിടെ പറഞ്ഞ എന്താണ് മകാരസ് പുനഃപ്രാജ്ഞം അത് സമാധിയാണ് പക്ഷെ മകാരത്തെ തുടർന്നുള്ള മനസ്സിന്റെ അനുസന്ധാനമാണ് എന്നുള്ളൊരു വിശേഷത മാത്രം ഇതെവിടെ അവസാനിക്കുന്നില്ല മനസ്സ് എന്താണ് മനസ്സിന്റെ മനസ്സിനൊരു സ്വാഭാവികമായൊരു ഗതിയുണ്ട് അത് ഈ കാരണഭാവത്തിൽ നിന്ന് സൂക്ഷ്മ സ്ഥൂലതലങ്ങളിലേക്ക് വരുന്നു അവിടെ നമ്മുടെ പ്രയത്നം ആവശ്യമില്ല അതുപോലെ തന്നെ സ്ഥൂല സൂക്ഷ്മ ഭാവങ്ങളെ വിട്ട് കാരണഭാവത്തിലേക്കും പോകും അവിടെയും ദേശവും പ്രയത്നം ആവശ്യമില്ല സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ നേരത്തെ ഭാഷകാരൻ പറഞ്ഞു എന്താണോ ആ സുഷുപ്തി അല്ലെങ്കിൽ ആ പ്രാജ്ഞനിൽ നിന്ന് ജാഗ്രസ്വപ്നങ്ങൾ ഉണ്ടാകുന്നു ആ ജാഗ്രസ്വപ്നങ്ങൾ തിരിച്ച് ആ പ്രാജ്ഞനിലേക്ക് വിലയിക്കുന്നു മനസ്സിനങ്ങനെ സഹജമായി മുന്നോട്ടും പിന്നോട്ടും പോകുന്നതിനുള്ള ഒരു ശേഷിയുണ്ട് പക്ഷെ സഹജമായി പോകുന്നോണ്ട് എന്താണ് സംഭവിക്കുന്നത് മനസ്സ് അങ്ങനെ തഥാകാര പരിണാമം സംഭവിക്കുന്നുള്ളൂ പ്രയത്നം കൊണ്ട് മാത്രമേ തഥാകാര പരിണാമം സംഭവിക്കുന്നുള്ളൂ കാരണം മനസ്സ് പരിണമിച്ച് സ്ഥൂലഭാവത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ സ്വയം നമുക്ക് വിശ്വനെക്കുറിച്ചുള്ള ബോധ്യമേ ഉണ്ടാവുന്നു വൈശ്വാനിനെ കുറിച്ചുള്ള ബോധമുണ്ടാവുന്നു വൈശ്വാനിനെ ബോധം ഉണ്ടാവണമെങ്കിൽ മനസ്സ് തദാകാരത്തിൽ പരിണമിക്കണം അത് പരിണമിപ്പിക്കണം അതുപോലെ മനസ്സ് സ്വയം സൂക്ഷ്മരൂപത്തിൽ പരിണമിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൈജസിനെ കുറിച്ചുള്ള ബോധ്യം തേജസ് നമ്മളറിയുന്ന സ്വപ്നം കാണുന്നവനായിട്ടും ആന്തരികമായ വികാരങ്ങളെയെല്ലാം നിലനിർത്തുന്നവനായിട്ടും നമ്മൾ നമുക്കറിയാം പക്ഷെ അതുകൊണ്ട് കാര്യമില്ല പ്രയത്നം കൊണ്ട് മാത്രമേ മനസ്സ് തദാകാരത്തിൽ പ്രണമിക്കത്തുള്ളൂ ഭരണ്യഗർഭരൂപത്തിൽ പ്രാജ്ഞനെ സംബന്ധിച്ചു അങ്ങനെ പ്രാജ്ഞൻ സ്വയം അസ്പന്ദമായിട്ടിരിക്കാണ് ചിത്രത്തിന്റെ സ്പന്ദരഹിതമായൊരവസ്ഥ ആണോ അതാണ് കാരണസ്പന്ദം എന്ന് പറയുന്നത് പക്ഷെ അവിടെ അന്തര്യാമി എന്ന് പറയുന്നൊരു ഭാവന ഇല്ല നോ അന്തര്യാമി ഭാവന എന്ന് പറയുന്ന പ്രയത്നം കൊണ്ടുണ്ടാകുന്നതാണ് അപ്പൊ ഈ പ്രയത്നം ജീവന് സഹജമായിട്ടില്ലാത്തതും എന്നാൽ അന്തര്യാമിയുടെ സഹായം കൊണ്ടുണ്ടാകുന്നതുമാണ് അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് ഇപ്പോ മനസ്സ് അന്തർമുഖമായോ ബഹിർമുഖമായോ ഇരിക്കുക സാധാരണഗതി ബഹിർമുഖമായിരിക്കുക എന്ന് പറഞ്ഞാൽ ബാഹ്യവിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുക സാധനഗതിയിൽ അന്തർമുഖമായി ഇരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സ് രാഗദ്വേഷാദികളിൽപ്പെട്ട് കലങ്ങിയിരിക്കുക അല്ലെങ്കിൽ സുഖദുഃഖങ്ങളിൽപ്പെട്ട് മനസ്സ് ആന്തരികമായി ക്ഷോഭിച്ചിരിക്കുക ഇതാണ് സാധാരണയുള്ള അന്തർമുഖതയും ബഹുർമുഖതയും പക്ഷെ ഇതങ്ങനെയല്ല മനസ്സ് ഈശ്വരാഭിമുഖമായി തീരുന്നതാണ് സ്ത്രീ അഭിമുഖമായി തീരുന്ന അങ്ങനെ മനസ്സ് ആകിത്തീരണമെങ്കിൽ അവനിൽ പ്രയത്നം ആവശ്യമാണ് ആ പ്രയത്നം സ്വയം സാധ്യമല്ല കാരണം സ്വയം ശേഷി ഈ സാധാരണ രീതിയിലുള്ള സ്ഥൂലസൂക്ഷ്മ ഭാവങ്ങളും എന്നുള്ളതാണ് പക്ഷെ ഇതെന്താണോ പുറമേ ഒരു ശേഷി അവനാവശ്യമാണ് ഇത് അന്തജീയാമിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ മനസ്സിന് ഈ ഒരു ശേഷി വരത്തുള്ളൂ മനസ്സിന് ഇങ്ങനെ പരിണമിക്കാൻ പറ്റും അതിനുള്ള ആ യത്നം അതിനുള്ള ശേഷി മനസ്സിന് വരുന്നത് അന്തര്യാമിയിൽ നിന്നാണ് ആ അന്തര്യാമി തന്നെയാണ് ഹിരണ്യകർദ്ധനായും വൈശ്വാനനായും ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്താണ് ഈശ്വരാനുഗ്രഹം കൊണ്ടേ സാധ്യമാകൂ ഭഗവത് കൃത കൃപ കൊണ്ട് മാത്രമേ അവൻ ഇതിൽ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് പറയുന്നതാണ് അല്ലാതെ തന്റെ പ്രയത്നം കൊണ്ടിത് സാധ്യ എല്ലായിടത്തും പുഷത്തുകളിലും ഗീതേനും എന്തായിടത്തും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതാണോ ജീവന്റെ പ്രയത്നം കൊണ്ടിരിക്കുന്നത് സാധ്യമാണ് നമ്മൾ പ്രയത്നിച്ചാൽ അവിടെ പരാജയപ്പെടുത്തുള്ളൂ മറിച്ച് അന്തര്യാമിയുടെ കൃപ അല്ലെങ്കിൽ അനുഗ്രഹം അവിടെ വേണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് സമാധി പരിശീലനത്തിൽ യോഗ സൂത്രങ്ങൾ പതഞ്ജല മുർച്ച പോകാനെ പറയും അതിനെ അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് ഈ അഷ്ടാംഗ അതിലൂടെ തന്നെ സമാധിയിൽ എത്തിച്ചേരണമെങ്കിൽ ഈശ്വര പ്രിധാനം കൊണ്ടേ സാധ്യമാകൂ എന്നാൽ ഈശ്വരാനുഗ്രഹം കൊണ്ടേ സാധ്യമാകൂ എന്ന് പറയും ഭാന്തര്യാമിയുടെ അനുഗ്രഹം വന്നാല് ഈ പറയുന്ന കാര്യങ്ങൾ സമാധിയിൽ മനസ്സിന് എത്തിക്കുന്ന ഇത് സാധ്യമാകും അപ്പോൾ ഒരാൾ പരിശീലിക്കുന്നു ഇത് പ്രയത്നപൂർവം പരിശീലിക്കുന്നു പക്ഷെ അത് ഫലവത്താകുന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ കൃപ അതില്ല എന്ന് നമ്മൾ ധരിച്ചാമോ കാരണം അന്തര്യാമി അതിന് സഹായിക്കും അങ്ങനെ അതിന്റെ സഹായത്തോടുകൂടി വരുന്ന ആ പ്രയത്നം ആ പ്രയത്നം കൊണ്ട് അവന്റെ മനസ്സെന്ത് ചെയ്യുന്നു ആ പ്രാജ്ഞഭാവത്തെ കടന്ന് അന്തര്യാമി എന്നുള്ള ഭാവത്തിലെത്തിച്ചേരും അതും ശബ്ദാനുവിദ്ധമായ സമാധി എന്ന് പറയാം അവിടെ ഈ ശബ്ദത്തെ അപ്പൊ ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന ഈശ്വരന്റെ കൃപയാണെന്നുള്ള മനസ്സി വെക്കും അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നു ഈശ്വര കൃപയെ തന്നെയാണ് നമ്മൾ ഗുരു കൃപ എന്നും പറയുന്നത് അതവിടെ എത്തിച്ചേരും അതിനാണ് അവസാനം ഇവിടെ പറഞ്ഞിരിക്കുന്നത് പുനഃപ്രാജ്ഞം മകാരശാവി പുനഃപ്രാജ്ഞം സുശബ്ദ നയതീത്യവർത്തത മകാരവനെ പ്രാജ്ഞഭാവത്തിലേക്ക് എത്തിക്കുന്നു അവന്റെ മനസ്സ് കഥാകാരമായി പ്രണമിക്കുന്നു ഇതെല്ലാം ഇതിനെയൊക്കെ ഇവിടെ പറയുന്നത് എന്താണ് സമാധി എന്ന് സമാധി എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ മറ്റൊന്ന് ധരിക്കേണ്ട മനസ്സ് എന്തിനാണോ ഭാവന ചെയ്യുന്നത് സദാകാരമാകുകയും മറ്റു വിഷയങ്ങളെക്കുറിച്ചുള്ള ബോധം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു അത് അതിന് അന്ധപ്രജ്ഞ എന്ന് പറയും ആന്തരികമായ അവിടെയും പ്രജ്ഞ നശിക്കുന്നില്ല പ്രജ്ഞയുണ്ട് ശബ്ദസഹായത്തോടു കൂടിയുള്ള പ്രജ്ഞയുണ്ട് ഇത് മനസ്സിനെ അന്ധപ്രജ്ഞയിൽ എത്തിച്ചേരുന്നതിന് ശിഷ്യമാർ അവലംബിച്ച ഒരു മാർഗമാണ് അവർ കണ്ടുപിടിച്ച ഒരു ഉപായമാണ് നമുക്കിങ്ങനെ വെളിപ്പെടുത്തി തരുന്നത് അവർക്ക് തോന്നും ഇത് കൂടുതൽ പ്രയാസമുള്ളതാണല്ലോ കാരണം ഇവിടെ അഭ്യാസം വേണം പ്രയത്നം വേണം ഇതൊക്കെ ആവശ്യമുണ്ട് പക്ഷെ മുമ്പ് പറഞ്ഞങ്ങനെയല്ല ഒരു സാധനയും വേണ്ട എന്നുള്ളത് ശ്രവണം മാത്രം മതി പക്ഷെ ശ്രവണം മാത്രം മതി അത് തന്നെയാണ് ഉത്തമവും പക്ഷെ ശ്രവണം കൊണ്ട് ഈ പറയുന്ന തിരിയ ബോധം തിരിയ അധിഗമെന്ന് പറയുന്നു ആ തുരിയ അധികമം എത്ര പേർക്ക് സാധിക്കും അതാണ് അത് സാധിക്കുന്നില്ലെങ്കിൽ അവിടെയും എന്തു ചെയ്യുന്നു തുര്യൻ എന്ന് കേൾക്കുമ്പോൾ അത് കേവലയും ശബ്ദജ്ഞാനമായിട്ടോ അല്ലെങ്കിൽ കേവലം ഭാവനയായിട്ടോ നിൽക്കുന്നതെങ്കിൽ കേവല സങ്കല്പമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ തുര്യ അധികമം സംഭവിച്ചില്ല എന്നുള്ളതാണ് അതിൽ അനായാസമാണ് പക്ഷെ അത് സംഭവിച്ചില്ലെങ്കിൽ പിന്നീട് ഈ ധ്യാനത്തിന്റെ മാർഗത്തെ തന്നെ സ്വീകരിക്കണം അപ്പ തുര്യ അധികമം ഇപ്പോൾ പറഞ്ഞ രീതിയിൽ അത്യപൂർവമേ സംഭവിക്കത്തു അത് സംഭവിച്ചോ സംഭവിച്ചില്ലേ എന്ന് എങ്ങനെ മനസ്സിലാവും അത് പറഞ്ഞു എന്താണ് ഒരാളിപ്പോര്യനെ കുറിച്ച് പറഞ്ഞു ആ ശരിക്ക് ഞാൻ തുര്യനെ പ്രാപിച്ചു കഴിഞ്ഞു എന്നൊരാളങ്ങ് ധരിച്ചാലോ അങ്ങനെ ഭ്രമിച്ചാലോ അത് ഭ്രമമായിരിക്കാൻ പാടില്ല എന്തുകൊണ്ട് അവിടെ സംശയങ്ങൾ അവശേഷിക്കാൻ പാടില്ല സംശയങ്ങൾ അവശേഷിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവൻ ഭ്രമാത്മകമായ നിലയിലാണ് സാധനാന്തരത്തെ അവനിച്ഛിക്കാൻ പാടില്ല ഇനി എന്തെങ്കിലും ഒരു സാധന ആവശ്യമാണ് എന്ന് ഞാൻ പാടില്ല അത് അപരോക്ഷമായ അനുഭവമായി തന്നെ തീർന്നു അത് അസാധ്യമായി വരുമ്പോൾ പിന്നെ അപരോക്ഷ അനുഭവത്തിനുള്ള ഉപായമായിട്ടാണ് ഈ പറയുന്ന ഉപാസന മാർഗത്തെ ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത് അവിടെ ഈ പറയുന്ന തരത്തിലുള്ള മാനസിക അഭ്യാസങ്ങൾ എന്നുവെച്ചാൽ ആ തത്വത്തിന്റെ അനുസന്ധാനമാണ് അത് വീണ്ടും അവന് അനുഷ്ഠേയമായിരിക്കുന്നു അവനത് അഭ്യസിക്കേണ്ടിയിരിക്കുന്നു മാനസികമായിട്ട് അഭ്യസിക്കേണ്ടിയിരിക്കുന്നു ആത്മനിഷ്ഠയോടുകൂടി അന്തർമുഖതയോടുകൂടി ആ തത്വത്തെ അഗ്രഹിച്ചു ആ തത്വത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സാമാന്യം അല്ലെങ്കിൽ സാദൃശ്യത്തെ പറയുന്നത് ആ തത്വത്തെ വിടാൻ പാടില്ല തത്വത്തെ വിട്ടിട്ട് കേവലം ഓങ്കാരത്തിന്റെ ഉച്ചാരണമോ കേവലം ഓം എന്നുള്ള ശബ്ദത്തിന്റെ ഭാവനയോ അല്ലെങ്കിൽ ഇനി മറ്റു ചിലർ ചെയ്യുന്ന പോലെ കേവലം ഓം എന്ന് പറയുന്ന ലിപിയെ ധ്യാനിക്കുക ഒന്നും ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല അതൊന്നും ഇവിടെ പറയുന്നു ഇവിടെ തത്വ അനുസന്ധാനാണ് തത്വത്തെ ചിന്തിച്ചുകൊണ്ട് തന്നെ മനസ്സിന് സ്ഥൂല സൂക്ഷ്മ കാരണഭാവങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അത് ആന്തരികമായി സംഭവിക്കുക അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെന്താണ് സംഭവിക്കുന്നത് അത് അവസാനം പറയുന്നു നാ മാത്രേ വിദ്യതേ ഗതി ബീജഭാവക്ഷയാ അത്രേ ഓങ്കാരെ ഗതിർന്ന വിദ്യതെ ഖജിത്യർത്ഥ മനസ്സിന് ശബ്ദത്തെ പിന്തുടർന്നു പോകാമെന്നുള്ളത് ഈ പറയുന്ന അന്തരിയാമി ഭാവം വരെയാണ് അതുവരെയുള്ള ഭാവനകളാണ് അതിനപ്പുറം ഓങ്കാരം തന്നെ ഉച്ചരിക്കും ശബ്ദത്തിൽ തന്നെ എന്താണ് അത് അകാരൂകാരമങ്ങളെ കടന്നത് അവസാനിക്കും മാത്രാരഹിതമായിത്തീരുന്നു ഓങ്കാര ഉച്ചാരണത്തിൽ ഉണ്ടല്ലോ ബാഹ്യമായ ശബ്ദത്തിന്റെ ശ്രവണത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നതാണ് എന്താണോ ഓങ്കാരം വിലയിക്കുന്നു ഇല്ലാതായിത്തീരുന്നു ശബ്ദമില്ലാതായിട്ടു സാധാരണഗതിയിൽ ആ ശബ്ദമില്ലാതായിത്തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും ചിന്തകൾ കടന്നു വരും അവിടെ അമാത്ര എന്നുള്ളത് നമുക്ക് അനുഭവത്തിൽ വരുന്നില്ല അർദ്ധമാത്ര വരെയാണ് അനുഭവത്തിൽ വരുന്നത് എന്നുവെച്ചാൽ അനുസ്വാര ഉച്ചാരണം വരും ഓം എന്ന് അവസാനിക്കുന്നത് അത് കഴിഞ്ഞ് അമാത്ര എന്ന് പറയുന്നതിന് നമുക്ക് അനുഭവത്തിൽ വരാത്തി എന്തുകൊണ്ട് മറ്റ് ചിന്തകൾ അവിടെ കടന്നു വരും എന്നാൽ ഇവിടെ ആന്തരികമായി ഒരാൾ ഓങ്കാരത്തെ ഏകാഗ്രമായി ഭാവന ചെയ്താൽ എന്നുവെച്ചാൽ അകാലം കാലം അകാരങ്ങളൊന്നും കൂടാതെ ഓങ്കാരത്തെ തന്നെ ശബ്ദഭാവന തന്നെ ചെയ്യുന്നു ശബ്ദഭാവന ചെയ്തു കഴിഞ്ഞാൽ നിരന്തരമായി ഹോമം നിന്ന് ആന്തരികമായി ഭാവന ചെയ്തു കഴിഞ്ഞാൽ ഓം അവസാനിച്ച് അടുത്ത രൂപം തുടങ്ങി അതിനിടയ്ക്ക് വരുന്ന അത് ഒരു അമാത്രയാണെന്ന് അയാൾക്ക് ബോധ്യമാവും വെച്ചാൽ മാത്രാരഹിതമായ അല്ലെങ്കിൽ നമുക്ക് മാത്രയെ മനസ്സിലാകാൻ വയ്യാത്ത ഒരു തലത്തിൽ നിന്ന് വീണ്ടും ഓങ്കാരം ആരംഭിക്കുന്നു അതിൽ നിന്ന് മറ്റ് ചിന്തയ്ക്കൊന്നും ഇടകൊടുക്കാതെ ദീർഘമായി ശർണവത്ത് തുടർച്ചയായി ഉച്ചരിച്ചു കഴിഞ്ഞു ശ്രവിക്കത്തക്ക രീതിയിൽ ഉച്ചരിച്ചു കഴിഞ്ഞു ബാഹ്യമായി ഒരു ഏകാഗ്രതയോടുകൂടി മനസ്സിന് സമാന്യമായ ഏകാഗ്രതയോടുകൂടി ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഓങ്കാരം ഉയർന്ന് അവസാനിച്ച് അവസാനിച്ചിട്ടാണല്ലോ നമുക്ക് അടുത്തൊന്നുച്ചരിക്കേണ്ടത് അവസാനിച്ചിട്ട് അടുത്തൊന്നുച്ചരിക്കുന്നതിനിടയ്ക്കുള്ള സമയം ഓങ്കാരത്തിലാണവൻ ഏകാഗ്രപ്പെടുന്നതെങ്കിൽ അവിടെ ശബ്ദശൂന്യമായ ഒരവസ്ഥ അനുഭവപ്പെടും ശബ്ദരഹിതമായൊരവസ്ഥ കാരണം ഒരു ഓങ്കാരം അവസാനിച്ച് അടുത്തൊരു ഓങ്കാരം ആരംഭിക്കും അവിടെ നമ്മൾ അവസാനിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ശ്രവിക്കാനൊന്നുമില്ല ശ്രവണമില്ല അത് ആണ് അമാത്ര ശ്രവണത്തിൽ വരുന്നാ മാത്രം ഇവിടെ അതല്ല പറയുന്നത് ശ്രവണത്തിൽ വരുന്നാ മാത്രവിടെ നമ്മുടെ മനസ്സ് മനസ്സിന്റെ സ്ഥാനം മനസ്സിന്റെ പ്രവർത്തനം അവിടെ അപ്രസക്തമായും വരുന്നില്ല അവിടെ മാത്രേ ഗ്രഹിക്കുന്നതും മനസ്സാണ് ഇവിടെ പറയുന്ന അതല്ല ക്ഷീണേതുമക്കാരെ ബീജഭാവ ക്ഷയാ പറയുന്നു ആ ബീജഭാവം ക്ഷയിക്കുന്നു കാരണഭാവം ക്ഷയിക്കുന്നു കാരണഭാവം ഇല്ലാതാകുന്നു ഓങ്കാരം എന്ന് പറയുന്ന അകാരം അകാരത്തിനും അവിടെ നിലനിൽപ്പില്ല ആ അകാരത്തെ ആശ്രയിച്ചുള്ള ഭാവനയും അവിടെ നിലനിൽക്കുന്നില്ല എങ്ങനെയുള്ള ഭാവന ൂല സൂക്ഷ്മ കാരണഭാവനകളൊന്നും നിലനിൽക്കുന്നില്ല പിന്നെ അവിടെ നിലനിൽക്കുന്ന എന്താണ് മാത്രാരഹിതമായ തുര്യനാണ് അവിടെ ശേഷിക്കുന്നത് അതിനെയാണ് തുര്യൻ എന്ന് പറയുന്നത് തുര്യൻ എന്ന് പറയുമ്പോൾ അവിടെ പാദരഹിതനും മാത്രാരഹിതനുമാണ് എന്നാൽ അതിശൂന്യമല്ല എന്താണ് തുര്യൻ ബോധസ്ഫുരണമാണ് ചിത്തിന്റെ സ്ഫുരണമാണ് അതുകൊണ്ട് അവിടെ ശൂന്യത അനുഭവിക്കുന്നില്ല പക്ഷേ മാതൃകൾക്കും ഭാവനകൾക്കും അവിടെ സ്ഥാനമില്ല അവിടെ ഏത് തരത്തിലുള്ള അനുഭവം വരണം തുര്യന്റെ അനുഭവം വരണം തുര്യന്റെ അനുഭവം എന്ന് പറയുന്നത് എന്താണ് മനസ്സ് തുര്യനോട് ഏകീഭവിക്കുക അതാണ് തുര്യന്റെ അനുഭവം എന്ന് പറയുന്നത് ത്രികുടീരഹിതമായി തുര്യൻ പ്രകാശിക്കുക അതാണ് അവിടെ സംഭവിക്കുന്നത് അവിടെ ഗതിയില്ല എന്നർത്ഥം മനസ്സിന് ഗതി മനസ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഭാവന ചെയ്യുന്നവനും പിന്നെ പ്രാപിക്കാനൊന്നും അതുകൊണ്ട് വരുന്നു അമാത്രേ ഓങ്കാരെ അമാത്രമായ ഓങ്കാരമെന്ന് പറയുന്നത് എന്താണ് മാത്രാരഹിതനായ ഓങ്കാരൻ എന്ന് പറയുന്നത് തുരിയനാണ് അവിടെ ഗതിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ അതിനെക്കുറിച്ച് വർണ്ണിക്കാൻ സാധ്യ അവിടെ വർണ്ണന സാധ്യമുണ്ട് ശബ്ദ അനുവിദ്ധമെന്ന് അവിടെ പറയുന്നു ശബ്ദത്തെ ആശ്രയിച്ചൊന്നും സംഭവിക്കുന്നില്ല ശബ്ദത്തെ ആശ്രയിക്കാതെ പ്രയത്നത്തെ ആശ്രയിക്കാതെ മനസ്സിന്റെ വൃത്തികളെ ആശ്രയിക്കാതെ തുല്യൻ പ്രകാശിക്കുന്നു പ്രകാശിക്കുന്ന അവസ്ഥ ഗതിർന്ന വിദ്യതേ അതിനെക്കുറിച്ച് വർണ്ണിക്കാനോ ഒന്നും സാധ്യമല്ല അതിനെയും നമുക്ക് സമാധി എന്ന് പറിയാണ് പക്ഷെ അത് അസമാധി തുലിയ സ്വരൂപം തന്നെയാണ് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഭാവനകളും അവസാനിക്കുന്നതുകൊണ്ട് മനസ്സിന് ഗതിയില്ല ധ്യാനിക്കുന്നവനും ധ്യാനിക്കുന്നവൻ എന്നുള്ള അസ്തിത്വം അവിടെ ഇല്ല ശേഷിക്കുന്നത് തന്റെ വാസ്തവ സ്വരൂപം അവിടെ പ്രകടമാകുന്നു എന്ന ഭാവനയിൽ അന്തര്യാമി വരെയുള്ള ഭാവനകൾ പ്രയത്നം കൊണ്ട് സംഭവിക്കുന്നതാണ് മനസ്സിന്റെ പ്രവർത്തനമാണ് ഇവിടെ മനസ്സിന് ഗതിയില്ല എന്ന് പറയുമ്പോ അത് പിന്നെ മനസ്സുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കാനോ വർണ്ണിക്കാനോ സാധ്യമല്ല എന്നാ ശ്രുതി നേതി നേതി ബോധിപ്പിക്കുന്ന ആ തടം എന്നാ ആത്മബോധം അല്ലെങ്കിൽ ആത്മപ്രകാശം മറ്റു യാതൊരു സ്ഥൂലസൂക്ഷ്മ കാരണ രൂപത്തിലുള്ള യാതൊരു തടസ്സങ്ങളും കൂടാതെ പ്രകാശിക്കുന്നു എന്നു മാത്രമേ അതിനെക്കുറിച്ച് വാക്കുകൊണ്ട് പറയുന്നു അതിനപ്പുറം അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് വാക്കുകളില്ല അനുഭൂതിയെന്നോ അല്ലെങ്കിൽ അനുഭവ അതീതമെന്നോ എന്ന് പറയാം അനുഭൂതി എന്നെന്തുകൊണ്ട് അതിനെ പറയുന്നു കാരണം ശൂന്യമല്ല സൂര്യനവിടെ സ്വയം പ്രകാശിക്കുന്നോണ്ടാണതിന് അനുഭൂതി എന്ന് പറയുന്നത് അല്ലെ അനുഭവ അതീതമെന്ന് എന്തുകൊണ്ട് പറയുന്നു അനുവദിക്കാനും വിഷയമായിട്ട് ിക്കാൻ പറ്റുന്നില്ല നമ്മൾ പറയുന്ന സമാധി അനുഭവം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു അനുഭവ രൂപത്തിൽ അതിനനുഭവിക്കാൻ പറ്റുന്നില്ല കാരണം അവിടെ അനുഭവിക്കേണ്ടവനും അനുഭവം അനുഭവ വിഷയമല്ല ഒന്നായിപ്പോകും ഒന്നായിക്കഴിഞ്ഞാൽ പിന്നെ ആരെയും എന്തിനനുഭവിക്കും അതുകൊണ്ട് അതിനെ അനുഭവ അതീതമെന്നും പറയും അനുഭൂതി എന്ന് എന്തുകൊണ്ട് പറയുന്നത് സ്വയം അനുഭവ രൂപമായിരുന്നു അനുഭവം ഒഴിവായതുകൊണ്ട് അതിന് അപ്പോൾ അതിന് അനുഭൂതിയെന്നോ അനുഭവ അതീതമെന്നോ എല്ലാം ഒരു തരത്തിലും അതിനെ വാക്കുകൊണ്ട് വിശദീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് ബോധ്യപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ടാണ് അതിനെ ശുദ്ധശൂന്യം എന്ന് പറയുന്നത് അടുത്ത അതിനെയാണ് വർണ്ണിക്കുന്നത് അവിടെ ഒറ്റ വാക്കി പറയാം അം വ്യവഹാരിഹ പറയാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല അതിനെ പറയാൻ സാധ്യമല്ല അപ്പോ അതിനെ വാക്കിലൂടെ ഒരാൾ വെളിപ്പെടുത്തണം ശ്രുതി വെളിപ്പെടുത്തണം അല്ലെങ്കിൽ ഗുരു വെളിപ്പെടുത്തണം ചോദി നിങ്ങൾ അറിഞ്ഞാണെങ്കിൽ നിങ്ങളത് പറയണമല്ലോ എന്നാവശ്യപ്പെടുന്നത് അർത്ഥമില്ല എന്തുകൊണ്ട് അത് അവ്യവഹാരിയമാണതാണ് അടുത്ത് പറയുന്നത് അക്കാരോ നയത്തെ വിശ്വം ഒക്കാരേജസം അത്രോ അംവ്യവഹാര്യ പ്രപഞ്ചോപശമ ശിവ അദ്വൈത സംവിശതി ആത്മനത്മാനം അമാത്രോ മാത്ര ചതുർത്ഥിയ ആത്മീയ കേങ് മനസയോ ക്ഷീണത് അതമാത്രനാണ് അവിടെ ഓങ്കാരത്തിന്റെ മാത്രകൾ കൊണ്ടൊന്നൊന്നും ചെയ്യാൻ ധ്യാനം അല്ലെങ്കിൽ ഭാവന അല്ലെങ്കിൽ സമാധി അത് അവസാനിച്ച സ്ഥലത്തെക്കുറിച്ച് പറയുന്നു അകാര ഉകാരം മകാരങ്ങളെ ആശ്രയിച്ച് ഭാവന ചെയ്യുന്നിടത്തെല്ലാം സമാധികൾ നമുക്ക് പലതരം സമാധികളെന്ന് വേണമെങ്കിൽ പേരിട്ട് വിളിക്കാം തൂല സൂക്ഷ്മ കാരണഭേദമനുസരിച്ച് പക്ഷെ അമാത്ര ആയിക്കഴിഞ്ഞാലോ മാത്ര യെസ് നാസ്തി അതിനേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആ ഒരു തലത്തിൽ തുര്യനിൽ മാത്രകൾ ഇല്ല മാതൃയിലൂടെ അതിനനുസന്ധാനങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നറ അതിനും പറയുന്ന എന്താണ് ഇവിടെ ഓങ്കാര അമാത്രനായ ഓങ്കാരം എന്നുവെച്ചാൽ മാതൃയോടുകൂടിയ ഓങ്കാരമാണെന്ത ഈ മുഴങ്ങുന്ന ഓങ്കാരം നമുക്ക് ശ്രവിക്കാൻ കഴിയുന്ന ഓങ്കാരം നമുക്ക് ഭാവന ചെയ്യാൻ കഴിയുന്ന ഓങ്കാരം ഇതും ഓങ്കാരമാണ് പക്ഷെ നമുക്ക് ശ്രവിക്കാൻ പറ്റത്തില്ല കേൾക്കാൻ പറ്റത്തില്ല ബാഹ്യമായോ ആന്തരികമായോ കേൾക്കാൻ പറ്റത്തില്ല ഉച്ചരിക്കാനും പറ്റത്തില്ല അതുകൊണ്ടാണ് അതിനെ അമാത്ര ഓങ്കാരം എന്ന് പറയുന്നത് മാത്രാരഹിതനായ ഓങ്കാരം അതെന്താണ് അതാണ് ചതുർഥൻ ചതുർഥൻ എന്ന് പറയുമ്പോൾ അതിനെ വ്യാഖ്യാനിക്കുന്നു തുരിയൻ എന്ന് പറയുന്നു തുര്യൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ധരിച്ചു കളയരുത് ഇനി ഒന്ന് എന്ന് ധരിച്ചു കളയരുത് അതുകൊണ്ടവിടെ പറഞ്ഞു ആ തുര്യൻ എന്ന് പറയുന്നത് തന്റെ വാസ്തവ സ്വരൂപം തന്നെയാണ് ആ തുര്യനിലാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരുന്നത് ആ തുര്യനിലാണ് വിശ്വതേജസ്വ പ്രാജ്ഞഭാവങ്ങളും വൈശാനുടെ ഹിരണ്യഗർഭ അന്തര്യാമി ഭാവങ്ങളും എല്ലാം നൽകുന്ന തുര്യനിലാണ് അത് ഇത്രയും കഴിയുമ്പോൾ ഇവിടെ എന്തെങ്കിലും പുതുതായി നമുക്ക് പ്രത്യക്ഷപ്പെടുന്ന ഇല്ലാതിരുന്ന ഒന്നിനെ പ്രാപിക്കുന്നതുമല്ല ഈ ആധാരമായി നിന്നതാണ് അതിനെ ആശ്രയിച്ചുകൊണ്ടാണ് എല്ലാ ഭാവനകളും സമാധിയും എല്ലാം പ്രാപിച്ചത് അത് ആത്മനിഷ്ഠമായി താനായി തന്നെ ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് സ്ഥിരീനെന്ന് ആത്മാവാണ് നിന്റെ കേവല സ്വരൂപമാണത് ബോധിപ്പിക്കുകയാണ് കേവല ഏകമായിരിക്കുന്ന സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മൾ ഏകമായിരുന്ന ഒന്നിനെ തന്നെ മൂന്നായി കണ്ടത് ജാഗ്രസ്വപ്ന സുശുദ്ധിയായിട്ടും വിശ്വ്യാജന്മാരായിട്ടും വൈശാനുടെ ഹിരണ്യകർ അന്തര്യാമിയായിട്ടും എല്ലാം നമ്മൾ ഒന്നിനെ തന്നെ കണ്ടത് പക്ഷെ വാസ്തവത്തിലവൻ ഏകനാണ് ഏവനൻ എന്ന് പറഞ്ഞാൽ ഏകൻ അവനാണിതെല്ലാം മാറി മാറി സംഭവിച്ചുകൊണ്ടിരുന്നത് അജ്ഞനായി ഈ അവസ്ഥകളിലേക്ക് നമ്മൾ സ്വയം പെയ്ക്കൊണ്ടിരിക്കുന്നതും അവനെ തന്നെ അജ്ഞാനാവസ്ഥയിലും ഈ ആത്മാവിൽ തന്നെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഓങ്കാരത്തെ ആശ്രയിച്ചുകൊണ്ട് യത്നത്തിലൂടെ അഭ്യാസത്തിലൂടെ ഓരോന്നിനെയും വെളിപ്പെടുത്തുന്നതും ഇതി തന്നെ വിശ്വന് വൈശ്വാനനായി നമ്മൾ വെളിപ്പെടുത്തുന്നു തജസന് ഹിരണ്യഗർഭനായി പ്രാജ്ഞനെ എല്ലാം നമുക്ക് വെളിപ്പെടുകയാണ് ആന്തരികമായി വെളിപ്പെടുകയാണ് ഈ വെളിപ്പെടുത്തലുകൾ നടത്തുന്നതും ഇവിടെ നിന്നിൽ തന്നെയാണ് ഇവിടെ പുതുതായി ഒന്നിനെ സാക്ഷാത്കരിക്കുകയല്ല സദാ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിനെ തന്നെ ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരാൻ ശ്രമിക്കുകയാണ് അഭിദാന വാങ് മനസ്സയോർ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അജ്ഞനായിരിക്കുന്നതിനും സാധകനായിരിക്കുന്നതിനും സമാധിയെല്ലാം ശീലിച്ച് ഇത്തരം അനുഭവങ്ങളെ ആർജിക്കുന്നതിനൊക്കെ രണ്ട് കാര്യങ്ങളുള്ളൂ അഭിധാനവും അഭിധേയവും രണ്ടു കാര്യങ്ങളുള്ളു അഭിധാനവും വരുന്ന ശബ്ദം അതല്ല ഓമാണോ ഇതും സർവം ഓമെന്നു പറയുന്ന അഭിദാനമായി അതിന്റെ അവിധേയവുമായി സർവവും എന്താണ് ഭാഗ്യ കാണുന്ന സർവവും ഇവിടെ അവിധേയുമായി പറയുന്ന എന്താണ് മനസ്സ് മനസ്സാണ് അവിധേയം എന്തുകൊണ്ട് മനസ്സിന വിധേയം എന്ന് പറഞ്ഞു ഇത് സർവ്വവും മനസ്സ് തന്നെ നേരത്തെ പറഞ്ഞു എന്താണ് ഇത് ചിത്തസ്പന്ദനമാണ് മനസ്പന്ദനമാണ് ആന്തര്യാമിയുടെ സ്പന്ദനങ്ങളാണിത് എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളേ നമ്മൾ സ്ഥൂലമായും ദൃഢമായും നിത്യമായും എല്ലാം നമുക്ക് അനുഭവപ്പെട്ടി അനുഭവപ്പെട്ടിരിക്കുന്നതല്ല നമ്മളിതിനെല്ലാം എന്താണ് മനസ്സിന്റെ വിഷയമായി കാണുന്നു മനസ്സിൽ നിന്ന് വേറിട്ട് കാണുന്നു ബാഹ്യപ്രപഞ്ചം ഒന്ന് നമ്മൾ വിളിക്കുന്നു നമ്മൾ കരുതുന്ന എന്താണ് ഉള്ളിൽ മനസ്സ് പുറമേ ലോകം ഉള്ളിലുള്ള മനസ്സ് പുറം ലോകത്ത് കാണുന്നു പറയുന്നു ഈ ഇതെല്ലാം ചിത്തസ്പന്ദനമാണ് അന്തര്യാമിയുടെ സ്പന്ദനമാണ് ആ സ്ന്ദനത്തെ വെളിപ്പെടുത്തുന്ന എന്താണ് ശബ്ദം ാഹ്യമായും ആന്തരികമായും ശബ്ദത്തിന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നു പറഞ്ഞല്ലോ ശബ്ദത്തെ ആശ്രയിക്കാതെ നമുക്കറിവില്ല ശബ്ദം എന്ന ആ അറിവാണ് മറ്റുള്ള എല്ലാ അറിവുകളെയും ഉണ്ടാക്കുന്നത് അത് ബാഹ്യമായിട്ടാണ് ശരി ആന്തരികമായിട്ടാലും ശരി നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം നമ്മൾ ശബ്ദം എന്ന് പറയുന്ന മാധ്യമത്തിലൂടെയാണ് ഉള്ളിൽ ചിന്തിക്കുന്നതും സങ്കല്പിക്കുന്നതും ഭാവന ചെയ്യുന്നതും സ്മരിക്കുന്നതും എല്ലാം ശബ്ദം എന്നുള്ള മാധ്യമത്തിലൂടെ അപ്പൊ ഇവിടെ ശബ്ദവും അർത്ഥവും രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ശബ്ദം ശബ്ദമെന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞു അഭിദാനം അർത്ഥത്തെ പറഞ്ഞു അഭിജേയം അർത്ഥമോ മൊത്തത്തിൽ അത് മനസ്സ്പന്ദനമാണ് ഇത് രണ്ടും ക്ഷീണത്വ അത് ക്ഷീണിച്ചു കഴിഞ്ഞാൽ അത് ക്ഷീണിക്കാന്ന് പറയുന്നത് എന്താണോ അന്തര്യാമി എന്നുള്ള ആ ബീജഭാവവും വിട്ടുകഴിഞ്ഞാൽ തിരുവനവന്റെ മനസ് സാന്നിധ്യം കൊണ്ട് അവൻ ഭാവന ചെയ്ത് ഈ സ്ഥൂലസൂക്ഷ്മങ്ങളെയെല്ലാം വിട്ട് ആ ബീജഭാവത്തെ അവൻ ഭാവന ചെയ്ത ബീജഭാവം എന്ന് പറഞ്ഞാൽ ഉറക്കമല്ല അന്തരിയാമീ അവൻ ഭാവന ചെയ്തു കഴിഞ്ഞാൽ അത് കാരണം നമുക്ക് അനുഭവമുണ്ട് മനസ്സ് സാധനത്തിൽ നിന്ന് ബീജാവസ്ഥയിൽ നിന്ന് ഉണർന്നു വരുന്നു വീണ്ടും ആ ബീജാവസ്ഥയിലേക്ക് ലയിച്ചു പോകും അപ്പൊ പ്രയത്നം കൊണ്ട് നമ്മൾ അതിനെ ഭാവന ചെയ്തു കഴിഞ്ഞാൽ എന്തെയ്യും മനസ്സവിടെ ഇല്ലാതായി തീർന്നു ഉറക്കത്തിൽ മനസ്സില്ലാതാവുന്നുണ്ടല്ലോ അപ്പൊ ഭാവനയിലൂടെ നമ്മൾ അവിടെ എത്തിച്ചേർന്നാലും മനസ്സവിടെ ഇല്ലാതാകും അന്ന് പ്രകാശം നഷ്ടപ്പെടത്തില്ല പക്ഷെ മനസ്സ് ക്ഷീണത്തുവാ ക്ഷീണിക്കുന്നു മനസ് ഉണ്ടായിരുന്നാലേ നമുക്കെന്തെങ്കിലും ഭാവന ചെയ്യാൻ പറ്റും മനസ്സുണ്ടായിരുന്നാലും നമുക്കെന്തെങ്കിലും അനുഭവം ഉണ്ടാവും ആ മനസ്സുണ്ടായിരുന്നാലേ നമുക്ക് അനുഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്താൻ പറ്റും അനുഭവത്തെ ശബ്ദത്തിലൂടെയോ മറ്റോ വെളിപ്പെടുത്താൻ പറ്റും ഇവിടെ ഈ ഉപാസകന്റെ മനസ്സ് അവിടെ ക്ഷീണിച്ചു പോയി അവിടെ എത്തിച്ചേർന്നപ്പോൾ ആ മനസ്സില്ലാതായി അതുകൊണ്ടിത് അം ഒരു തരത്തിലും അതിനുശേഷമുള്ള കാര്യം വ്യവഹരിക്കാൻ സാധ്യമല്ല അതിനെക്കുറിച്ചുള്ള വ്യവഹാരം ഇതാണ് എന്താണ് അവ്യവഹാരിക എന്നുള്ളതാണ് വ്യവഹരിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനു നിങ്ങൾ വീണ്ടും അതിനെ പറയുന്നു അതിനെ കുറിച്ച് ഇത്രേ പറയുന്നു അത് വ്യവഹരിക്കാൻ സാധ്യമല്ല അതാണ് അതിനെ കുറിച്ച് പരമാവധിയുള്ള വ്യവഹാരം അം വ്യവഹാരിം എന്നുള്ളതാണ് അവിടുത്തെ വ്യവഹാരം പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ചുള്ള പറച്ചു അറിയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അതിനെ കുറിച്ചുള്ള പരമാവധി അറിവ് അതൊരനുഭൂതിക്കും വിഷയം അല്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ചുള്ള പരമാവധിയായ അനുഭൂതി അതിന് ഇവിടെ അവ്യവഹാരിയ എന്ന് പറയുന്നു പ്രപഞ്ചവശമ ഇങ്ങനെയൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ അത് പ്രപഞ്ച ഉപശുമാണ് എല്ലാ അനുഭവങ്ങളും എല്ലാ അനുഭൂതികളും എല്ലാ സമാധിയും എന്താണ് പ്രാപഞ്ചികമാണ് അതെല്ലാം പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞു ഈ പ്രപഞ്ചമെന്ന് പറയുന്ന അഭിദാന വിജയരൂപത്തിലാണ് വാക് മനോരൂപത്തിലുള്ളതാണ് നമ്മൾ എല്ലാ സമാധിയും പരിശീലിച്ചെന്തുകൊണ്ട് വാക്കിനെയും മനസ്സിനെയും കൊണ്ടാണ് വാക്കും മനസ്സും കൊണ്ടിടത്തേ സമാധിയോ വാക്കും മനസ്സും ഇല്ലാതാക്കി കഴിഞ്ഞാലോ ഇവിടെ സമാധിയ ഒരു അനുഭവങ്ങളുമില്ല പ്രപഞ്ചവശവുമാണ് അത് ശേഷിക്കുന്നതാണ് ശിവഹ അതിശിവ പരമാവധി അതിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെയാണ് ഇവിടെ പറയുന്നത് അത് ശിവമാണ് അദ്വൈതമാണ് അങ്ങനെ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് അവിടെ ദ്വൈതത്തിന് ഇന്നലെന്നുള്ളത് കൊണ്ട് തന്നെ അദ്വൈതം ആയി അദ്വൈത സമൃദ്ധ ധ്യാനിക്കുന്നവൻ അവൻ പ്രപഞ്ചവശമ രൂപവും ശിവനും അദ്വൈതവും ആയിത്തീർന്നു അവന്റെ അവസ്ഥ അതാണ് ഏവം യഥോക്തവിജ്ഞാനമത പ്രയുക്ത ത്രിപാദ അവനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഉപാസനയോടുകൂടിയവൻ അവൻ പ്രയോഗിക്കുന്ന ഓങ്കാരം എന്നർത്ഥം അവൻ പ്രയോഗിക്കുന്ന ഓങ്കാരം എങ്ങനെയുള്ള ത്രിമാത്രങ്ങളോടും ത്രിപാദങ്ങളോടും കൂടി മാത്രകളും ആർത്ഥത്തോടും കൂടിയത് അതെന്താണ് കേവലമായ ആത്മാവ് തന്നെയാണ് അവനെ സംബന്ധിച്ചാണ് പറയുന്നത് ഓം എന്ന് പറയുന്നത് ബ്രഹ്മമാണ് എന്ന് പറയുന്നത് അല്ലാത്തവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓം എന്ന് പറയുന്നത് ശബ്ദമാണ് കേവലം ഈ ഉപാസനെ സംബന്ധിച്ചിടത്തോളം ഓം എന്ന് പറഞ്ഞാൽ അവന് ആത്മാവ് തന്നെയാണ് ബ്രഹ്മൻ തന്നെയാണ് കേവലം അത് ശബ്ദമല്ല എന്നർത്ഥം യുക്തികൊണ്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഓം എന്ന് പറയുന്ന ശബ്ദമാണ് ബ്രഹ്മൻ നിർഗുണമാണ് നിർഗുണമായിരിക്കുന്ന ഈ ബ്രഹ്മമാണ് ഓമെന്നെങ്ങനെ പറയാൻ പറ്റും പറയുന്നത് ആരാണ് ഓങ്കാരത്തിലൂടെ ഓങ്കാരോപാസനയിലൂടെ ഈ തത്വത്തെ സാക്ഷാത്കരിച്ചവന് ാണ് ആ ബ്രഹ്മത്തെ കുറിക്കാനാ ശബ്ദത്ത് പറയുന്നത് ആത്മാവിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നു ആത്മേവ സംവിശതി ആത്മനാ സ്വയനേവ സ്വം പരമാർത്ഥികം ആത്മാനം ആത്മാനം സംവിശതി എന്ന് പറയുന്നു സ്വയം തന്നിലൂടെ അവൻ ആത്മാവനെ പ്രാപിക്കുന്നു ഇവിടെ ആത്മാവിനെ പ്രാപിക്കാൻ യത്നിക്കുന്നവൻ തന്നിൽ നിന്നും അന്യമായ ഒന്നിനെ ആശ്രയിക്കുന്നത് അതാണ് സുവേന എന്ന് പറയുന്നത് ബാഹ്യമായ ഒന്നിനെ ആശ്രയിച്ചിട്ടല്ല അവൻ പാരമാർത്ഥികമായ സ്വസ്വരൂപത്തെ ആത്മന ആത്മാനം സ്വയം സ്വയം എന്ന് പറഞ്ഞാൽ എന്താണോ അതിന്റെ ആരംഭം മുതൽ ഇവിടെ ജീവൻ ഈ ജീവനായിരിക്കുന്നത് ആ തുരിയും തന്നെ തുരിയും തന്നെ ജീവനായിരിക്കുകയാണ് അപ്പൊ പ്രാപിക്കാൻ ശ്രമിക്കുന്നവനാർ ആ തുര്യൻ തന്നെ അവൻ പ്രാപിക്കേണ്ടതിനെ ആ തുര്യനെ തന്നെ അവൻ എന്തുകൊണ്ട് പ്രാപിക്കുന്നു അവൻ എന്തിനൊക്കെ ആശ്രയിച്ചു ഇവിടെ പറഞ്ഞു അഭിദാന അഭിജേയങ്ങളെ രണ്ടെണ്ണത്തിന് അങ്ങനെയാണ് ഈ അഭിദാന അഭിജയങ്ങളെന്ന് പറയുന്നത് ശബ്ദവും മനസ്സും അതാണ് രണ്ട് കാര്യങ്ങളേയുള്ളൂ ശബ്ദവും മനസ്സും ശബ്ദമെന്ന് പറയുന്ന ഇവിടെ ഓങ്കാരം മനസ്സെന്ന് പറയുന്നത് തന്റെ ഭാവന ഈ മനസ്സും ശബ്ദവും എന്താണ് അതീ തുര്യനിൽ നിന്നും വേറിട്ടുള്ളതല്ല തുര്യന്റെ തന്നെ സ്ഫുരണമാണ് ശബ്ദമായും മനസ്സായും നിൽക്കുന്നു അന്നുമ്പോൾ തുര്യൻ എന്നൊന്നും അന്യമായിട്ട് മറ്റൊന്നുമില്ല ശബ്ദവും അർത്ഥവും തുര്യൻ തന്നെ തുര്യനിലാണ് രണ്ടും നിലനിൽക്കുന്നത് തുര്യനിലാണ് ശബ്ദവും മനസ്സും നിലനിൽക്കുന്നത് ശബ്ദവും അർത്ഥവും ഒന്നാണ് എന്ന് പറയുന്നത് വാത്യാർത്ഥത്തിൽ ഗ്രഹിക്കരുത് എന്ന് പറഞ്ഞു ശബ്ദാർത്ഥങ്ങളെ അഭേദമായി പറയും ഒരിക്കലും വാത്യർത്ഥത്തിലല്ല ശബ്ദാർത്ഥവും അഭേദമെന്ന് എന്തുകൊണ്ട് പറയുന്നു ശബ്ദാർത്ഥവും ഏകത്തിന് നിൽക്കുന്നോണ്ടാണ് ശബ്ദാർത്ഥങ്ങൾ അഭേദമെന്ന് പറയുന്നു അഭിദാനാഭിധേയങ്ങളൊന്നു പറയുന്നു നമുക്ക് പല ശബ്ദങ്ങളും പല അർത്ഥങ്ങളും ഉണ്ട് ഇവിടെ അതിന ഉദ്ദേശിക്കുന്നു ഇവിടെ ഒരേ ഒരു ശബ്ദം എന്താണ് ഓങ്കാരം ഇവിടെ സാധകൻ സാധനയ്ക്ക് വേണ്ടി സ്വീകരിച്ചിരിക്കുന്ന ശബ്ദത്തെ പറയാണ് ഒരേ ഒരു അർത്ഥം എന്താണ് ചിത്തം മനസ്സ് രണ്ടു കാര്യങ്ങളേ ഈ രണ്ടും ഇവിടെ നിൽക്കുന്നു തുര്യനും നിൽക്കുന്നു തുര്യനും നിൽക്കുന്നതുകൊണ്ട് ഇത് രണ്ടും ഒന്നാണ് ഇതിന്റെ രണ്ടിന്റെയും നിലനിൽപ്പതുപോലെയാണ് തുര്യനിലിത് അദ്വൈതത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആരോപിതമായി നിലനിൽക്കുന്നു ഒന്നിൽ ആരോപിതമായി നിൽക്കുന്ന രണ്ടും ഒന്ന് തന്നെയാണ് അതിൽ നിന്ന് വേറെ ഇവിടെ സാധകൻ അതാ തുര്യൻ തന്നെ സ്വയം സ്ഥാനഭ്രംശമൊന്നും നിക്കുന്നവനാണ് സ്വയം അജ്ഞനെന്നും സംസാരിയെന്നും സ്വയം കറി നിൽക്കുന്നവനാണ് വസോധനവൻ തുര്യൻ തന്നെ തന്നാൽ തന്നെ ആ തുര്യം തന്നെയായിരിക്കുന്ന അഭിദാന വിജയങ്ങളെക്കൊണ്ട് ചെയ്യുന്നു ഉപാസിച്ച് ഇതിനെ സാക്ഷാത്കരിക്കുന്നു എന്നാണ് ആ സാക്ഷാത്കാരത്തിനൂടെ പറഞ്ഞിരിക്കുന്നത് സ്വം പാരമാർത്ഥികം മായ രൂപത്തെ പാരമായ രൂപമെന്ന് പറയുമ്പോൾ ഈ മനസ്സും ഇന്ദ്രിയങ്ങളും ശബ്ദവും ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്തത് അല്ലെങ്കിൽ ഇതിനെയെല്ലാം നിലനിർത്തുന്ന ആ രൂപത്തെ അവൻ സാക്ഷാത്കരിക്കുന്നു അവൻ അതായിത്തീരുന്നു സംവിശതി ആത്മനാത്മാനം അതിൽ നിന്ന് പ്രവേശിക്കുന്നു അതിനെ അറിയുന്നു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവനിൽ ിരുന്ന ഈ ഭ്രാന്തികളെല്ലാം മാറി എന്നർത്ഥം അവൻ കേവലം അതായി തന്നെ തീരുന്നു പരമാർത്ഥദർശി ബ്രഹ്മവിദ്തീയം ബീജഭാവം ദഗ്ധ ആത്മാനം പ്രവിഷ്ടി എന്ന പുനർദ്ധ്യായതെ തുരീയസ് അബീജത്വ ഇവിടെ പറയുന്നു ഇതാണ് വാക്ക് മനസ്സുകളെല്ലാം ഇല്ലാതായി അവൻ തുരിയെ മാത്രനായിത്തീരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്തവും വാക്കും ഇല്ലാതായ പോരാ അങ്ങനെയാണെങ്കിലും ഉറക്കത്തിൽ അത് സംഭവിക്കണമല്ലോ അവിടെയും മനസ്സും വാക്കുമില്ലാതാവുന്നു ഉറക്കത്തിൽ നിന്നുള്ള വ്യത്യാസത്തെ എടുത്ത് കാണിക്കേണ്ടവിടെ ഉറക്കത്തിൽ എന്ത് വരുന്നോ വീണ്ടും ഉണരുന്നതിനുള്ള എന്തൊക്കെ അവിടെയുണ്ട് എന്താണ് നമുക്ക് നിർവചിക്കാൻ വേണ്ടി എന്തായാലും വീണ്ടും വളർത്തുന്നുണ്ട് വീണ്ടും വളർത്തുന്നതിനുള്ളത് ശേഷിക്കുന്നതുകൊണ്ട് അത് അവസാനമല്ല എന്തുകൊണ്ടവിടെ ബീജമുണ്ട് അപ്പോൾ വാക്കും മനസ്സും സാധാരണ സമാധിയിൽ നിന്നും ഇവിടെ പറയുന്ന സമാധിന്നുള്ള വ്യത്യാസം ആചാര്യസ്വാമികൾ പറയുന്നത് എന്താണോ നിങ്ങൾ ചിത്തപത്തി നിരോധത്തിലൂടെയും മറ്റ് സമാധിയെ പ്രാപിച്ചു കഴിഞ്ഞാലും മുക്തനാകത്തില്ലെന്നാണ് അങ്ങനെ പറയുന്നു എന്തുകൊണ്ട് അവിടെ പരമാർത്ഥത്തെ ബോധിക്കുന്നില്ല മനസ്സ് ഏതൊക്കെ അവസ്ഥകളിൽ എത്തിച്ചേരുന്നു എന്നുള്ളതേ തന്റെ സ്വരൂപത്തെ അവിടെ തുല്യനായി അറിയുന്നില്ല മനസ്സ് സമാധിയെ പ്രാപിക്കുന്നതിന് അവിടെ തത്വബോധത്തിന്റെ ആവശ്യമില്ല പല രീതിയിലും മനസ്സ് അവസ്ഥയെ പ്രാപിക്കാം പല അഭ്യാസങ്ങളുടെയും പ്രാപിക്കാം ഏതുപോലെ സുഷിച്ചുപോലെ സുഷും ഒരു തരത്തിൽ സമാധിയാണ് എന്തുകൊണ്ട് അവിടെ പ്രപഞ്ച ബോധമില്ല ബാഹ്യ സ്മരണം അവിടെയില്ല അന്ന് സമാധിയുടെ ഒരു പ്രത്യേകത അത് സംഭവിച്ചിരിക്കുന്നു പക്ഷെ അവിടെയും ശേഷിക്കുന്നു സംസാര ബീജം അതിനു വീണ്ടും അവൻ ഉണർന്നു വരുന്നു സംസാരിയാകുന്നു അതുകൊണ്ട് നമുക്ക് കൽപ്പിക്കാം അവിടെയും അവൻ സംസാരി തന്നെയായിരുന്നു ബീജഭാവത്തിലേ അത് വ്യക്തമാക്കാൻ വേണ്ടി പറയുകയാണ് പരമാർത്ഥദർശി ബ്രഹ്മവിദ് പരമാർത്ഥദർശിയായിരിക്കുന്ന ആ ബ്രഹ്മവിദ് ബ്രഹ്മത്തെ ഉപാസനയിലൂടെ സഷരിച്ചവൻ തൃതീയം ബീജഭാവം ദക്ത ആ തൃതീയ ബീജഭാവത്തെയും വിട്ടിട്ട് അവൻ ഭാവനയിലൂടെ അന്തര്യാമി ഭാവത്തിലെത്തിച്ചേർന്നപ്പോൾ അവൻ സർവജഗത് കാരണനായി സ്ഥിതി ചെയ്യുകയാണ് പക്ഷെ അത് അതും വിടുന്നു അതിനെയും വിടുന്നു അവിടെ പ്രത്യേകിച്ച് യത്നത്തിന്റെ ആവശ്യം യത്നത്തിന്റെ ആവശ്യം കൂടാതെ തന്നെ അതിൻ്റെ ആകുന്നു എന്നു കാരണം അഗ്നി പ്രകാശിക്കുന്നത് പ്രകാശിക്കുന്ന അഗ്നി അത് നശിക്കുന്നവന് മറ്റൊന്നിന്റെ ആവശ്യമില്ല എന്തിന്റെ സഹായത്താലാണോ അത് പ്രകാശിക്കുന്ന അതില്ലാതായെന്നും അപ്പൊ ഇന്ധനം ഇല്ലാതായെന്ന് അത് തന്നെ ഇവിടെയും സംഭവിക്കും ഈ ഭാവന ചെയ്യുന്നവൻ സമാധി ശീലിക്കുന്നവൻ എന്തിന്റെ സഹായത്തോടുകൂടിയാണിത് ശീലിക്കുന്നവന്റെ ചിത്തത്തിന്റെ സഹായത്തോടുകൂടിയാണ് അവിടെ ആ തൃതീയ ഭാവനയിൽ അവന്റെ ചിത്തം തന്നെ ഇല്ലാതായിപ്പോകും അഗ്നി തന്നെ സ്വയം അഗ്നിയെ നശിപ്പിക്കുന്നത് പോലെ അഗ്നിയുടെ ജ്വലനം തന്നെ അഗ്നിയെ നിലനിർത്തുന്നു അതേ ജ്വലനം തന്നെ അഗ്നിയെ നശിപ്പിക്കുകയും ചെയ്യുന്നു ഇല്ലാതാക്കുന്നു അത് തന്നെ ഇവിടെ സംഭവിക്കുന്നു ആ ചിത്തം തന്നെ ആ ഭാവനയെ ഉണ്ടാക്കുന്നു ആ ഭാവന തന്നെ സ്വയം ആ ചിത്തത്തെ നശിപ്പിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് ദഗ്ധീജൻ ദഗ്ധ അത് ആ ബീജഭാവത്തെ സ്വയം നശിപ്പിച്ചിട്ട് ആത്മാനം പ്രവിഷ്ട സ്വരൂപസ്ഥിതനാവുന്നു ഇതിന പുനർജായതെ അവന് പിന്നീട് ജന്മമില്ല അവന് പിന്നീട് സംസാരിയായി ജനന മരണങ്ങളെ പ്രാപിക്കുന്നില്ല എന്നുവെച്ചു ഉറങ്ങുന്നില്ല ഉണരുന്നില്ല എന്നുള്ള അർത്ഥമല്ല ജന്മത്തേടെ നിഷേധിക്കുന്നു അവന്റെ ചിത്തവ്യാപാരങ്ങളെല്ലാം ചിത്രം നശിച്ചാലും വീണ്ടും നിലനിൽക്കാം അതെന്താണ് തുര്യന്റെ സവിശേഷതയാണ് തുര്യൻ എന്ത് ചെയ്യുന്നു ഇതൊന്നുമില്ലെങ്കിലും ഇവിടെ ഇതിനെല്ലാം നിലനിൽക്കുന്നു ഇതെല്ലാം ഉണ്ടായിട്ടുള്ള തുര്യൻ ഇതിനെല്ലാം നിലനിൽക്കുന്നു ജാഗ്രത സ്വപ്ന സുഷിത്രിയനെ സംബന്ധിച്ചിടത്തോളം പരമാർത്ഥമല്ല പരമാർത്ഥമല്ലാതെ ഇതിനെയെല്ലാം നിലനിൽക്കുന്നു അതുപോലെ പരമാർത്ഥം അല്ലാതെ ഇതെല്ലാം നിലനിന്നാൽ ശരിയെ സംബന്ധിച്ചത് ഇല്ലാത്തതിന് ശ്രമമാണ് സംസാരമില്ല എന്ന് പറഞ്ഞാൽ അതാണ് പരമാർത്ഥമല്ലാതെ ഇത് തുടരുമ്പോ പിന്നെ അതിനെ തുടരുന്നു എന്ന് പറയുന്നതിന് അർത്ഥമില്ല പുനർനജാ യഥതയെ അവൻ പിന്നെ ഒരിക്കലും സ്വയം കരുതുന്നില്ല സംസാരിക്കാമോ അവനിൽ പ്രപഞ്ചം അനുഭവപ്പെട്ടാലും അവൻ കരുതുന്നില്ല അവനിൽ പ്രപഞ്ചം അനുഭവപ്പെടുന്നത് കൊണ്ടാണ് ശാസ്ത്രവും എല്ലാം നിലനിൽക്കുന്നത് പക്ഷെ അതുകൊണ്ടവൻ സ്വയം ബന്ധനസ്ഥനാണെന്ന് കരുതുന്നില്ല അബീജത്വാ അങ്ങനെ അവനോട് മറയെ സൃഷ്ടിക്കുന്നതിനുള്ള ആ ബീജശക്തി നഷ്ടപ്പെട്ടുകഴിഞ്ഞു അതാണ് ഇപ്പോൾ എല്ലാവരിലും ഇരിക്കും താൻ സാധനയ്ക്ക് വേണ്ടിയും സാധ്യത്തിനു വേണ്ടിയും ആഗ്രഹിക്കുന്നു സാധനങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ട് ഈ ബീജമുള്ളതുകൊണ്ടാണ് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലോ അത്തരം എന്റെ ആഗ്രഹങ്ങളോടെ അവസാനിക്കുന്നു അവൻ കൃതകൃത്യതെന്ന് പറയുന്നു തനിക്കിനി എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്തെങ്കിലും ഒന്ന് നേടണമെന്ന് അവൻ ആഗ്രഹിക്കുന്നില്ല കേവലം ശരീര മനസ് ചേഷ്ടായി തുടരുന്നു എന്നത് ശരീര മനസ്സുകളുടെ ചേഷ്ടകൾ പ്രവൃത്തികൾ സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അത്രമാത്രം അവൻ പുതിയ സ്ഥിതൻ തന്നെ നേരത്തെ പറഞ്ഞു ബ്രഹ്മവിദ് ിതപ്രജ്ഞൻ എന്നല്ല പല ഭാഷയും അതിനെക്കുറിച്ച് പറയും അവന് ജന്മമില്ലാ നിർത്തും വിവേകേ രജ്വാം ഭ്രമിഷ്ടോ ബുദ്ധി സംസ്കാരാർവ് വിവേകിനാസ്യതി സംസാരം വീണ്ടും പ്രകടമാകുന്നില്ല എന്ന് പറഞ്ഞു ആ ചിത്തം തന്നെ ചിത്തത്തെ നശിപ്പിച്ചു ഭാവന തന്നെ ഭാവനയെ നശിപ്പിച്ചു ആ സാധന തന്നെ ആ സാധനം നശിപ്പിച്ചു അതിനിടെ ഉദാഹരണം വരുന്നത് രജ്ഞസർപ്പയോ വിവേകീയ ഭ്രമം ഉണ്ടാകുന്നു തിരിച്ചറിവ് തുടർന്നുണ്ടാകുന്ന തിരിച്ചറിവ് എന്താണോ ഇത് ഇതിനൊരു ഭ്രമം മാത്രമാണ് രജുസർപ്പത്തെ ഉദാഹരണമായി പറയുന്നു ക്ഷണികമായി തോന്നിയ ഒന്നാണ് അത് യാതൊരു സത്യവും ഇല്ല എന്നും ബോധ്യപ്പെടുന്നു എവിടെ ആ സ്ഥലത്ത് എവിടെയാണോ ഭ്രാന്തി ഉണ്ടായത് അവിടെ തന്നെ അത് ബോധ്യപ്പെടുന്നു ക്ഷണം കൊണ്ടത് സംഭവിക്കുന്നു അവിടെ രജ്ജാം പ്രവിഷ്ട സർപ്പ എവിടെ നിന്ന് സർപ്പം വന്നു അവിടേക്ക് തന്നെ അത് മറഞ്ഞു എന്ന് പറയാം കാരണം അത് അങ്ങനെ സങ്കല്പിക്കുകയാണ് വാസ്തവത്തിൽ അവിടെ വന്നിട്ടില്ല എന്തായാലും നമ്മൾ കരുതുന്നു ഇവിടെ ഒരു സർപ്പം പ്രത്യക്ഷപ്പെട്ടു ക്ഷണം കൊണ്ട് ക്ഷണാർത്ഥം കൊണ്ട് അത് സംഭവിക്കുന്നു അതേ ക്ഷണാർത്ഥം കൊണ്ട് തന്നെ ചെയ്തു നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണ് എവിടെ നിന്നോ വന്നു അതവിടേക്ക് മറഞ്ഞു എന്നു പറയാം അവർ ബോധ്യപ്പെടൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ആ സ്ഥാനത്ത് ബുദ്ധി സംസ്കാര വീണ്ടും ആ പഴയ ഭ്രമത്തിന്റെ സംസ്കാരം കൊണ്ട് പുനഃപൂർവ്വ വീണ്ടും പഴയതുപോലെ തദ്വിവേകിനി ആ വിവേകിക്ക് അത് വീണ്ടും പ്രകടമാകുന്നുണ്ടാ എങ്ങനെ സംഭവിക്കാറുണ്ടോ എന്നാ ഇവിടെ ചോദിക്കുന്ന ഇതാണ് നിരന്തരം പ്രതിക്ഷണം ഈ ജീവൻ ജാഗ്രതത്തിലേക്കും സ്വപ്നത്തിലേക്കും പോയിട്ട് തിരിച്ച് സുഹൃത്തിയിലേക്ക് പോകുന്നു അവിടെ സർവവും വിലയിക്കുന്നു ആ ജീവൻ ആ പരമാത്മാവുമായി ഏകീകവിക്കുന്നു എന്നുവെച്ചാൽ അവിടെ ജീവഭാവം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു ജീവനൊന്നും താൻ തന്നെ തിരിച്ചറിയുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇതാ ഞാൻ ഉറങ്ങുന്നു ഉറക്കത്തെ അറിയാറില്ല ഞാൻ ഉറങ്ങുന്നു എന്നുറക്കത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ ശേഷിക്കും അതായത് ജീവഭാവം നിലനിൽക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നില്ല ഇത്രയൊക്കെ സംഭവിച്ചിട്ടും വീണ്ടും ഉണർന്നു വരുന്നു സംസാരിയായി പോയി സംസാരിയായി തിരിച്ചു ഇതുപോലെ സംഭവിച്ചുകൂടെ എന്നാണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എല്ലാ കർണങ്ങളും ഇല്ലാതായി എല്ലാ ഭാവനകളും നഷ്ടപ്പെട്ട് വേറെ തിരിയൻ വേറെ എന്നുള്ള ഭാവനകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കെ വീണ്ടും ഈ പ്രപഞ്ച വ്യവഹാരത്തിലേക്ക് വന്നാൽ എന്തുകൊണ്ടത് ബന്ധിച്ചുകൂടാ പറയുന്നു ബന്ധിക്കത്തില്ല എന്തുകൊണ്ട് ആ വിവേകിയെ സംബന്ധിച്ചിടത്തോളം അത് വീണ്ടും പ്രകടമാകുന്നില്ല അവിടെ ആ സ്ഥലത്ത് കാരണം അവിടുത്തെ വിവേകം ഭ്രാന്തിയെപ്പോലെ തന്നെ ക്ഷണികമാണ് ഹായിയായ ഒരു വിവേകം അവിടെ സംഭവിക്കുന്നില്ല സർവഭ്രാന്തികളെയും നിരാകരിക്കുന്ന വിവേകം എന്ന് പറയുന്നത് സ്വീകധിഗമത്തിലെ സാധ്യമാകും പക്ഷെ ഇവിടെയും താത്കാലികമായ ആ ഭ്രാന്തിയെ ഇല്ലാതാക്കുന്ന ഒരു വിവേകമുണ്ടായി എന്നിട്ട് കൂടി ആ ഒരു ചെറിയ വിവേകത്തിന് പോലും അത്രമാത്രം ശക്തിയാണെന്താണ് ഉടൻ വീണ്ടും അവിടെ ഭ്രാന്തി ഉണ്ടാകുന്നില്ല ആ ഭ്രാന്തി എന്നേക്കുമായി നശിച്ചു ആത്യന്തികമായി ആ വിവേകം നിലനിൽക്കാത്തതുകൊണ്ടും ആത്യന്തികമായി ആ ഭ്രാന്തിയുടെ കാരണങ്ങൾ നശിക്കാത്തതുകൊണ്ടും അവര് വേണമെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തിൽ ഭ്രാന്തി ഉണ്ടായിരുന്നിരിക്കാം വീണ്ടും ആ കാരണങ്ങൾ ഒന്നിച്ച് കൂടുമ്പോൾ സംഭവിക്കാം പക്ഷെ എവിടെയാണോ ആ വിവേകമുണ്ടായത് അവിടെ വീണ്ടും ആ ഭ്രാന്തി തുടരുന്നതായി നമ്മൾ കാണുന്നില്ല മറിച്ച് അവിടെ നിശ്ചയം വരികയാണ് ഇവിടെ ഒന്നും സംഭവിച്ചില്ല വിവേകം വന്നമെന്ന് ആ ഭ്രമത്തെ പൂർണ്ണമായും നിരാകരിക്കുകയാണ് വെറും ഒരു തോന്നൽ എന്നാണ് പറയുന്നത് അങ്ങനെയൊന്നുമില്ല ഗണിക്കത്തക്കതായിട്ടൊന്നും അവിടെയില്ല എന്തോ ഒരു തോന്നൽ മനസ്സിലൂടെ കടന്നുപോയി ഇത്രയതിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്നു അപൂർണമായും ആ ഭ്രാന്തിയിൽ നിന്നവൻ മുക്തനാകുന്നു ഇത് ക്ഷണികമായി സംഭവിക്കുന്ന ഭ്രാന്തിയും ക്ഷണികമായി സംഭവിക്കുന്ന മുക്തിയുമാണ് അവിടെ നമ്മൾ രണ്ടാമതൊരിക്കൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ പാമ്പിനെ കാണാൻ കിട്ടത്തില്ല അത്ര ശ്രമിച്ചാലും കിട്ടത്തില്ല വീണ്ടും അത്ര ഒരു ഭ്രമത്തിന് അടിമപ്പെടുന്നത് വരെ ഒരിക്കലും വീണ്ടും സർവഭ്രാന്തി നമുക്ക് ഉണ്ടാക്കാൻ സാധ്യമല്ല അതുണ്ടാകത്തുമില്ല അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെയാണ് ഇവിടെയും ഇവിടെ ആ ഭ്രാന്തി അതിന്റെ കാരണത്തോടുകൂടി എന്നേക്കുമായി നശിക്കുന്നു പൂർണമായ വിവേകം കൊണ്ട് നശിക്കുന്നു നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സംസാര ഭ്രാന്തി പിന്നെ അവൻ ജീവിക്കുന്നു അവന് വ്യവഹാരമുണ്ടോ അവന് പ്രാരബമുണ്ടോ ഒജനിക്കുന്നോ മരിക്കുന്നോ ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും അവിടെ പ്രസക്തിയേയില്ല കാരണം അവനാ ചോദ്യങ്ങളുടെയെല്ലാം തലത്തിന് അതീതമായ തലത്തിലാണ് നിൽക്കുന്നത് അവിടെ ചോദ്യങ്ങൾ ഉണ്ടെന്നും അവനെ നേരിടാൻ സാധ്യമല്ല അവന്റെ തലം സർവമുക്തമായ തലമാണ് അവിടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമില്ല അങ്ങനെ ബോധിപ്പിക്കുകയാണ് അപ്പോ ആർക്കാണോ ഏതുപായത്തിലൂടെ ആയാലും ശരി ആ വിവേകം ആർക്കാണോ സംജാതമായത് അവനെ സംബന്ധിച്ചിടത്തോളം ഭ്രാന്തി നിശ്ചയിക്കുന്നു അവൻ നിത്യമുക്തനായിരിക്കുന്നു അവൻ സംസാരാതീതനായി നില കൊള്ളുന്നു അതാണ് ഇതിന്റെ പ്രയോജനം എന്നതിന്റെ ഫലത്തെക്കുറിച്ച് പറയുകയാണ് അത് ഉപാസനയിലൂടെ ആയാലും ശരി ഇനി ശ്രവണത്തിലൂടെ ജ്ഞാനം പ്രാപിച്ചായാലും ശരി വ്യത്യാസമൊന്നും വ്യത്യാസം വരുന്ന എവിടെയാണ് സാധനയുടെ തലത്തിലാണ് ടുത്ത് പറയുന്നത് മന്ദമധ്യമധേയാ പ്രതിപന്നസാധകഭാവാ സന്മാർഗാമിനമാന്യവിധ്യം യഥാവ ഓങ്കാരോ ബ്രഹ്മ പ്രതിപത്തേ ആലംബനീഭവു തധാക്ഷതി ആശ്രമ സ്ത്രീവിധാഹീന ഇയാ മന്ദമധ്യമബുദ്ധികൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കണം മന്ദ മധ്യമ എന്ന് പറയുന്നത് കൂടുതൽ പ്രയത്നം ആവശ്യമായി വരുന്നവനാണ് മന്ദൻ എന്ന് പറയുന്നത് ചെറിയ പ്രയത്നം കൊണ്ട് സാധിക്കുന്നവൻ മധ്യമൻ അതിനനുസരിച്ചുള്ള എല്ലാ യോഗ്യതകളും അവൻ ഈ പറയുന്ന രണ്ടുപേരും യോഗ്യന്മാരാണ് ആധ്യാത്മിക സാധകന്മാരെ പറയുന്നത് മന്ദൻ എന്ന് പറയുമ്പോൾ അവിടെ ബുദ്ധിശൂന്യനെന്നോ മന്ദബുദ്ധിയെന്നോ എന്നുള്ള അർത്ഥത്തിലല്ല ആധ്യാത്മിക സാധകന്മാരിൽ ഉച്ചശ്രേണിയിലുള്ളവരാണ് പക്ഷേ ചിലർക്ക് അവിടെ പ്രയത്നം കൂടുതൽ വേണ്ടിയിരിക്കുന്നു അവിടെ പ്രാരബവിശേഷം കൊണ്ടാകാം ചിലർക്ക് അത്രയും പ്രയത്നത്തിന്റെ ആവശ്യമില്ല അത് വ്യക്തമാക്കാൻ വേണ്ടി പറയണു പ്രതിപന്ന സാധക ഭാവത് ആ സാധകഭാവത്തെ പ്രാപിച്ചവൻ സാധകനായി തീർന്നവൻ എന്നുവെച്ചാൽ സാധന ചെയ്യുന്നവൻ ഇവിടെ പറയുന്നു ഓങ്കാരോപാസന ചെയ്യുന്നവനാണ് അങ്ങനെയുള്ളവരെ കുറിച്ച് പറയുന്നത് അല്ലാതെ അജ്ഞനെ കുറിച്ച് പറയുന്നതല്ല ആധ്യാത്മിക ശാസ്ത്രത്തിൽ ഉത്തമ മധ്യമ അഥമ അധികാരി എന്ന് പറയുമ്പോൾ ഒരിക്കലും അവിടെ അധ്യമൻ എന്ന് പറയുന്ന മൂർഖന്മാരെ കുറിച്ചല്ല അവിടെ എല്ലാം പറയുന്നത് ആധ്യാത്മിക സാധകന്മാരെ കുറിച്ചാണ് അങ്ങനെയുള്ളവർക്ക് അത് തന്നെ വിശദീകരിക്കുന്നു അതിന് സംശയം വരാതിരിക്കാൻ വേണ്ടി എനിക്ക് ഒരാൾ പറയും ഒരാൾ ചിലപ്പോൾ ഒരൊഴി കഴിയുമെന്നുള്ളതെനിക്ക് പറയുമെന്നാണ് ആ ഞാൻ അധമനാണ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ അധമൻ എന്ന് പറയുന്ന അവന്റെ മനസ്സിലിരിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത് കൊള്ളരുതാത്തവൻ എന്നുള്ള അർത്ഥത്തിലാണ് അത് സന്മാർഗാമിനാണ് സന്മാർഗത്തിൽ സഞ്ചരിക്കുന്നവൻ സന്മാർഗം എന്ന് പറയുന്നത് ഇവിടെ മാർഗം മുഖ്യമായിട്ടതാണ് സദാചാരത്തിനും സന്തിഷ്ഠയിലും ുഷ്ഠാനത്തിലുമെല്ലാം കഴിയുന്നവൻ അവനാണ് ശ്രേഷ്ഠനായവനെയാണ് ഇവിടെ പറയുന്നത് മന്ദ മധ്യമന്മാരെന്ന് പറയുന്നത് ബുദ്ധിജീവനെന്നുള്ള അർത്ഥത്തിനുണ്ട് അതുതന്നെ ഭാഷകാരൻ തന്റെ രീതിയിൽ പറയുന്നു സന്യാസിന സന്യാസി ഇവിടെ ത്യാഗമില്ലാത്തവന് പറ്റത്തില്ല സന്യാസിന്ന് പറയുന്നത് അതിന്റെ ശ്രേഷ്ഠമായ അർത്ഥത്തിലാണ് ത്യാഗം കൂടാതെ കാരണം ഇവിടെ പറയുന്ന ഓങ്കാര ഉപാസന പോലെയുള്ള ഈ സാധനങ്ങൾ ആന്തരികമായി ചെയ്യേണ്ടതാണ് ആന്തരികമായി ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ചിത്തവിക്ഷേപ ബാഹുല്യം ഉണ്ടെങ്കിൽ അത് സാധ്യമാണ് മനസ്സിന് ഒരുപാട് വിക്ഷേപങ്ങളുണ്ടെങ്കിലൊന്നും ചെയ്യാൻ സാധ്യമല്ല അപ്പോ മനസ്സിന് വിക്ഷേപം ആണെങ്കിൽ എന്ത് ചെയ്യണം ത്യാഗബുദ്ധിയുള്ളവനെ പറ്റും രാഗദ്വേഷങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ അവന് ത്യാഗമില്ല സങ്കല്പങ്ങളും ഭാവനകളും എല്ലാം ഒരുപാടുണ്ടെങ്കിൽ അവന്റെ മനസ്സിന് ത്യാഗമില്ല ആ മനസ്സിൽ ത്യാഗം വന്നവനാണ് ഇവിടെ സന്യാസിന്ന് പറയുന്നത് ആരല്ല എന്ന് ഞാൻ പറയുന്നില്ല ആരാണെന്ന് ഇവിടെ പറയുന്നത് മാനസികമായ ത്യാഗം വന്നവനങ്ങൾ മാനസികമായ ത്യാഗത്തിന്റെ ഇടയാളം എന്താണ് അവിടെ രാഗദ്വേഷങ്ങൾ കുറഞ്ഞിരിക്കുക സങ്കല്പവികല്പങ്ങൾ കുറഞ്ഞിരിക്കുക അങ്ങനെയുള്ളവൻ അവനെ മനസ്സിന് ഏകാഗ്രത അവനെ അന്തർമുഖമായി ചിന്തിക്കാൻ പറ്റും ലോകവ്യവഹാരങ്ങളിൽ തന്നെ മറന്നു മുഴുകിയിരിക്കുന്നവനാണ് ഉപാസന സാധ്യമല്ല എന്നാണ് ആത്മവിസ്മരണത്തോടുകൂടി ജീവിക്കുന്നവന് ഉപാസന സാധ്യമല്ല സത്കർമ്മങ്ങൾ അവൻ അനുഷ്ഠിക്കാം പക്ഷെ ഉപാസന സാധ്യമല്ല ഉപാസനയ്ക്ക് ചിത്തഭിക്ഷേപം കുറഞ്ഞു തന്നെ സന്യാസിന മാത്രാണാം പാദാനാം ചിപ്ത സാമാന്യവിധ മാത്രകളുടെയും പാദങ്ങളുടെയും വാസ്തവമായ യഥാർത്ഥമായ നിശ്ചിതമായ ആ സാദൃശ്യത്തെ അറിഞ്ഞിരിക്കുന്നു ഇവിടെ പറഞ്ഞല്ലോ ഇവിടെ പറഞ്ഞല്ലോ ഉപാസനയ്ക്ക് എപ്പോഴും തത്വബോധം ആവശ്യമാണ് ആ തത്വങ്ങളെയാണ് ഇവിടെ വിശദീകരിച്ചത് മാത്രകളെന്നും പാദങ്ങളെന്നും അവയുടെ സാദൃശ്യങ്ങളെന്നും എങ്ങനെയാണ് ഭാവന ചെയ്യേണ്ടതെന്നും എല്ലാം വിശദീകരിച്ചു ക്രിപ്തസാമാന്യം എന്ന് പറയുന്നു അതിന്റെ നിശ്ചിതമായ സാമാന്യത്തെ സാദൃശ്യങ്ങളെ മനസ്സിലാക്കിയിട്ട് യഥാവത് ഉപാസ്യമാനഹ ആ തത്വത്തിൽ നിന്നും വ്യതിചരിക്കാതെ ശ്രുതി നിർദ്ദേശിച്ച രീതിയിൽ ഉപാസിക്കുന്നവൻ ഉപാസനയുടെ ആ അതിൽ പ്രകാരഭേദങ്ങൾ വരാം ഓരോ വ്യക്തിയും ഗ്രഹിക്കുന്നതിനും അനുഷ്ഠിക്കുന്നതിനുമുള്ള വ്യത്യാസങ്ങൾ സംഭവിക്കാം പക്ഷെ ആ തത്വത്തിന് വ്യത്യാസം വരാൻ പാടില്ല അതാണ് ക്ലൃപ്തസാമാന്യം എന്ന് പറഞ്ഞത് അങ്ങനെ ഉപാസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഓങ്കാരോ ബ്രഹ്മപ്രതിപത്തേ ആലംബനീ ഭവതി അന്ന് ഈ ഓങ്കാരം ബ്രഹ്മപ്രാപ്തിക്ക് ചെറിയ അധികമത്തിന് ആലംബനമായി തീരുന്നു ഒരു തീരുന്നു തഥാ കാര്യം ഇനി അടുത്ത കാലികീർത്തെന്ന് പറയും ആശ്രമ ത്രിവിധാഹീന മധ്യമോത്തമാഹ എന്നൊക്കെ പറയും കാരണം അധികാരികൾ മൂന്ന് തരത്തിലുണ്ട് ീനന്മാര് ഓരോ അധികാരികളാണ് യോഗ്യന്മാരായ അധികാരികളാണ് അവർ ഹീനന്മാര് മധ്യമന്മാര് ഉത്തമ്മന്മാരിങ്ങനെയുണ്ട് അതിന് ഒരിക്കലും ഹീനൻ എന്ന് പറഞ്ഞാൽ മോശക്കാരൻ എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞു യോഗ്യതയുടെ ഡേറ്റക്കുറിച്ചിലാണ് സന്മാർഗികളാണ് ത്യാഗികളാണ് അങ്ങനെയുള്ളവരെയാണ് ഇവിടെ പറയുന്നത് അവരിൽ അവരുടെ ചിത്തവിക്ഷേപത്തിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചാണ് ഇവിടെ ഉത്തമ മതി മാധവൻ എന്ന് പറയുന്നത് ഉപാസനയെ സംബന്ധിച്ചിടത്തോളം ആ ചിത്തവിക്ഷേപം കുറഞ്ഞിരിക്കുന്നവൻ ആണ് ഏറ്റവും ഉത്തമൻ അവന് ശ്രവണം മതി എന്ന് പറയും ചിത്തവിക്ഷേപം കുറച്ചുകൂടി ഉണ്ട് അവന് ഉപാസന ചിത്തവിക്ഷേപം വളരെ കൂടുതലാണ് അവന് കർമ്മം ഇങ്ങനെ മൂന്ന് തരത്തിൽ ഇവിടെ കാര്യത്തിൽ തന്നെ ഇനി പറയും അവനെവിടെ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് ആ ഈ ബ്രഹ്മപ്രാപ്തിരി അധികമം എന്ന് പറയുന്നത് ഇവിടെ രണ്ടു തരത്തിൽ പറഞ്ഞു ഒന്ന് ശ്രവണത്തിലൂടെ അത് സാധ്യമാണ് പുത്തമനാണെങ്കിൽ മധ്യമ അധമനാണെങ്കിലോ അവന് ഉപാസനയെ ആശ്രയിക്കാം കർമ്മങ്ങളെ ആശ്രയിക്കാം കർമ്മത്തിനൂടെ സ്ഥാനമങ്ങൾ അതാണ് ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞ ആ അവസാനിപ്പിച്ചിരിക്കുകയാണ് പന്ത്രണ്ട് മന്ത്രങ്ങളുടെയും ഭാഷ്യം കൂടെ അവസാനിപ്പിച്ചു ഏഴ് മന്ത്രം വരെയുള്ള ഭാഷ്യം അത് ശ്രവണത്തിന് പ്രാധാന്യമുള്ളതാണ് ഏഴ് കഴിഞ്ഞുള്ള മന്ത്രങ്ങളെല്ലാം ഉപാസനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ശ്രവണാധികാരികൾക്ക് വേണ്ടിയിട്ട് ഏഴ് മന്ത്രങ്ങൾ ഉപാസനയ്ക്ക് അധികാരികളായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് അത് വരുന്ന അത് കഴിഞ്ഞ് വന്ന മന്ത്രങ്ങൾ എന്ന രണ്ടാം ഭാഷകാരൻ കൂടെ വ്യക്തമായത് യും ചെയ്തു ഇനി വരുന്നത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുടെ ഈ ഭാഷയും പോലെയുള്ള ഒരു വിശദീകരണം മാത്രമാണ് കാരണം ഇതിന്റെ വ്യാഖ്യാനമാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനായിട്ടൊന്നുമില്ല ഇതിന്റെ തന്നെ വിശദീകരണങ്ങളേ ഉള്ളൂ ഇത് മുമ്പോട്ട് ചെല്ലുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൂടുതൽ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇതുവരെ പറഞ്ഞൊന്നും മനസ്സിലാക്കിയില്ല എന്നാണ് അമാത്ര ചതുോ അമ്മ്യവഹാര്യ പ്രപഞ്ചോപശമ ശിവോ അദ്വൈതോകാര ആത്മേവ സംവിശതി ആത്മനേദ ശാന് ശാന് ശാന് ശൂ